ഇതാണ് നമുക്ക് പതിനൊന്നാം അധ്യായത്തിലെ മുഖ്യമായ വാക്കുകളിൽ ഒന്ന് താൻ ഒരു നിമിത്തം മാത്രമാണ് ഒരു യന്ത്രം എന്റെ കയ്യിൽ അത് യുദ്ധം ചെയ്യണ കാര്യത്തിൽ മാത്രമല്ല നമുക്ക് ഭഗവത്ഗീത വാങ്ങിച്ചു തന്നതിലും അർജുനൻ ഒരു നിമിത്തം അർജുനനെ നിമിത്തമാക്കി വെച്ചുകൊണ്ട് ആചാര്യസ്വാമികൾ ഭഗവത്ഗീത ഭാഷ്യം എഴുതുമ്പോൾ തന്നെ അർജുനം നിമിത്തീകൃത്യൻ അർജുനനെ നിമിത്തമാക്കി വെച്ചുകൊണ്ട് ലോകാനുഗ്രഹം ചികിത്ഷുഹു ഭഗവാൻ വാസുദേവ ലോകാനുഗ്രഹം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ വാസുദേവൻ അർജുനനെ ഒരു നിമിത്തമാക്കി വെച്ചുകൊണ്ട് ഈ ബ്രഹ്മവിദ്യ ആത്മതത്വം നമുക്ക് ഉപദേശിച്ചു അർജുനന്റെ മോഹത്തിനുള്ള ചികിത്സ അജ്ഞാനത്തിനുള്ള ചികിത്സ നമുക്ക് എല്ലാവർക്കുമുള്ള ചികിത്സ ദുഃഖത്തിനൊക്കെ മൂലകാരണം മോഹം അജ്ഞാനം അജ്ഞാന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ ജ്ഞാന തദജ്ഞാനം ഏഷാം നാശിതം ആത്മന തേഷാത്യവ്ഞാനം പ്രകാശയതി തത്പരം സ്വരൂപം അജ്ഞാനം കൊണ്ട് മറയ്ക്കപ്പെടുമ്പോ ദുഃഖം ഉണ്ടാവണം മോഹം ഉണ്ടാവണം അജ്ഞാനം എന്താന്ന് വെച്ചാൽ അവനവനെ അവനവനെ അറിയാതിരിക്കുക താനല്ലാത്ത വസ്തുക്കളെയൊക്കെ അറിയേണ്ട തന്റെ സ്വരൂപം എന്താണ് താൻ ആരാണ് തന്റെ സ്വരൂപം എന്താണ് എന്ന് തെളിഞ്ഞില്ല ബോധം തെളിഞ്ഞില്ല ജഡവും ബോധവും കൂടെ കൂട്ടിക്കൊഴയ്ക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് അജ്ഞാനം ഇതിപ്പോ ജ്ഞാനം എന്ന് വെച്ചാലോ ജഡത്തിനെ ബോധത്തിൽ നിന്നും പിരിച്ചെടുത്തു ബോധത്തിനെ തെളിച്ചനുഭവിച്ചു ഞാൻ ആരാണ് ഞാൻ എന്ന് പറയുന്നത് എന്താണ് ഞാൻ എന്നുള്ളതിനെ ഗ്രഹിച്ചുകൊണ്ടേയിരുന്നാ മതി എന്താണ് ഞാൻ ഞാൻ എന്നുള്ള അനുഭവമണ്ഡലത്തിനെ നിരന്തരം വീക്ഷിക്കാം അതാണ് ആത്മവിദ്യ എല്ലാവർക്കും സാധ്യമല്ലെങ്കിലും ആർക്കെങ്കിലും ഇത് സാധിച്ചാൽ ആ ജീവൻ രക്ഷപ്പെട്ടു ഉപനിഷത്ത് തന്നെ പറയണത് ഈ ആത്മവിദ്യയെക്കുറിച്ച് കേൾക്കാൻ പോലും ശ്രവണായാപി ബഹുഭര്യോനലഭ്യ ശൃവന്തോപി ബഹവോ യംന വിദ്യു ആശ്ചര്യോ വക്താ കുശലോസ്യലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട ആത്മാവിനെക്കുറിച്ച് കേൾക്കാൻ പോലും ലക്ഷക്കണക്കിന് ജനങ്ങളിൽ അധികം പേർക്കും കിട്ടില്ല കേൾക്കാൻ കിട്ടില്ല എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് കേൾക്കാൻ കിട്ടില്ല എന്നർത്ഥം ആത്മാ എന്നൊരു പദാർത്ഥമായിട്ടൊരു പക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എല്ലാവരും ചോദിച്ചാൽ പറയും ശരീരം മരിച്ചാൽ എന്ത് സംഭവിക്കണോ കുറച്ച് ഗീതയൊക്കെ കേട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ആത്മ ഒരു ശരീരം വിട്ടു വേറെ ശരീരത്തിൽ പോണൂ എന്നുള്ള ഉത്തരവൊക്കെ പറയും പക്ഷേ ആത്മ ഈ ശരീരത്തില് ഹൃദയസ്ഥാനത്തിൽ ഞാൻ ഞാൻ ഞാൻ എന്ന് നിരന്തരം സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഫുരണയുടെ ഉണ്മയായ സ്വരൂപമാണ് ആത്മ അതാണ് ബ്രഹ്മം എന്നുള്ളത് വളരെ അപൂർവം എത്രയോ ഗീതാവ്യാഖ്യാനങ്ങളും ഉപനിഷത്ത് വ്യാഖ്യാനങ്ങളും ഒക്കുണ്ട് നോക്കുക വ്യക്തമായിട്ട് ഇത് വളരെ അപൂർവമേ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈശ്വരനെ പുറം ലോകത്തിൽ എവിടെയും തെരഞ്ഞു നടക്കേണ്ട ഹൃദയസ്ഥാനത്തിൽ അതാണ് രമണ മഹർഷി വലിയൊരനുഗ്രഹം ചെയ്തത് ഉപനിഷത്തിനെ മുഴുവൻ കടഞ്ഞെടുത്ത് ഒരു ശ്ലോകത്തിൽ വെച്ചു ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി മഹർഷിയോട് ചോദിച്ചു ഭഗവാനെ എന്തിനാ അവിടെ ഒരു ഹി എന്നൊരു പദം വെച്ചത് വൃത്തം തികയ്ക്കാൻ വേണ്ടി വെച്ചതാണോ ഹി എന്നുള്ള പദം ഹി അഹം എന്ന് ചേർത്തിട്ട് നല്ല വൃത്തം വരുള്ളൂ അപ്പൊ അതിനുവേണ്ടി വെച്ചതാണോ എന്ന് വെച്ചാൽ അല്ല ഹി എന്നുള്ളത് എപ്പോഴുമേ ആശ്ചര്യദ്യോതകമാണ് പറയുന്നത് വസ്തു ഇത്ര അടുത്തുണ്ടായിരുന്നിട്ട് നമ്മളുടെ സ്വരൂപമേ ആയിരുന്നിട്ട് നമ്മളേ ആയിരുന്നിട്ട് അതിനെ എവിടെയൊക്കെ തെരഞ്ഞു നടക്കുന്നു അതിനെ വിവരിക്കാൻ എത്ര മതങ്ങൾ എത്ര സമ്പ്രദായങ്ങൾ എത്ര കർമ്മകലാപങ്ങള് അതിൽപ്പെട്ട എത്ര വലച്ചല് നമ്മളുടെ സ്വരൂപമായി വ്യക്തമായിട്ട് ഇത്ര അടുത്തിരിക്കണമെന്നാണ് ഹൃദയ കുഹരമധ്യേ ഹൃദയമാവുന്ന കുഹരത്തില് ഗുഹയില് അദ്വയമായ ബ്രഹ്മം പ്രപഞ്ചത്തിനു മുഴുവൻ ആധാരമായിട്ടുള്ള ആ സർവേശ്വരൻ നിശ്ചലമായ ബോധം രണ്ട് എന്നുള്ളതിന്റെ അനുഭവലേശം പോലും ഇല്ലാത്തതായ ശുദ്ധമായ അനുഭവം ഹൃദയഗുഹയില് നിരന്തരം ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു ഹൃദി വിഷ മനസാ സ്വം ചിൻവത മജ്ജതാവ പവന ചലനോധാത് മഹർഷി ഇതിനെ അർത്ഥം പറയുമ്പോൾ പറഞ്ഞു ചിന്വത എന്ന് പറയുമ്പോൾ ജ്ഞാനയോഗം വിചാരം ചെയ്തിട്ട് ഞാൻ എന്നുള്ളത് എന്താണ് മജ്ജത എന്ന് വെച്ചാൽ മുങ്ങ എന്ന് വെച്ചാൽ ഈ അഹങ്കാരം ഈശ്വരനെ ശരണാഗതി ചെയ്യുമ്പോൾ സ്വയമേവ മുങ്ങും ആ മജ്ജനം എന്നുള്ളത് ഭക്തി പവനചലനരോധ അത് വായുവിനെ അടക്കി പിടിക്കുക യോഗം ഏത് മാർഗം ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരി അവനവന്റെ ബോധത്തിനെ തെളിഞ്ഞനുഭവിക്കണം താൻ ആരാണ് നമുക്ക് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം ഞാനുണ്ട് എന്നുള്ളത് മാത്രമാണ് ബാക്കിയുള്ളതൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഉറപ്പായ അനുഭവമാണ് അതുകൊണ്ട് ആ അനുഭവത്തിനെ വിശകലനം ചെയ്ത് നോക്കാം വിചാരം ചെയ്തു നോക്കുക കിട്ടിയിരിക്കുന്നു വസ്തു നമുക്കൊക്കെ എവിടെയും തിരഞ്ഞു നടക്കേണ്ട ഉപലബ്ധം കയ്യിൽ കിട്ടിയിട്ടുള്ള വസ്തുവാണ് ദൂരത്തൊന്നും തെരഞ്ഞു നടക്കേണ്ട ഭാഗവതത്തിലെ വേദങ്ങൾ ഭഗവാനെ സ്തുതിക്കുന്ന ഒരു ഭാഗമുണ്ട് ശ്രുതിഗീത അവിടെ ബൃഹദ്പലബ്ധം അവയിന്ത്യവശേഷതയാ ബൃഹദ്പലബ്ധം ബൃഹത്ത് എന്ന് ബ്രഹ്മം പ്രപഞ്ചത്തിന് മുഴുവൻ പരമകാരണമായ ബ്രഹ്മം ഉപലബ്ധമായ വസ്തുവാണ് കിട്ടിയിരിക്കണമെന്നാണ് ൊന്നും അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല അജ്ഞാനത്തിനെ നീക്കിയാമതി അവിദ്യയെ നീക്കിയാമതി വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിലെ ഡെട്രോയിട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രഭാഷണം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു ബ്രഹ്മം മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ ബ്രഹ്മമാണ് മനുഷ്യനെ പാപി എന്ന് വലിയൊരു പാപമില്ല നിങ്ങൾ പരിശുദ്ധ ആത്മസ്വരൂപികളാണ് അമൃതസ്യ പുത്രാഹ നിങ്ങളെ അങ്ങനെ വിളിക്കാൻ എനിക്ക് അനുമതി തരൂ നിങ്ങളൊക്കെ അമൃതത്തിന്റെ അമൃതാനന്ദത്തിന്റെ ശിശുക്കളാണ് എന്ന് സ്വാമി പറഞ്ഞപ്പോ തൽക്കാലത്തേക്കെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊരാനന്ദം ഞാൻ ആത്മാവാണ് ബ്രഹ്മമാണ് അഭീഹി അഭീഹി ഭയം വേണ്ട കേൾക്കുമ്പോ സത്യം തോന്നുന്നു അനുഭവപ്പെടുന്നു ഇപ്പൊ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് ചോദിച്ചു സാർ ആർ യു ഹിപ്പനോട്ടൈസിംഗ് ആസ് അങ്ങ് ഞങ്ങളെ ഹിപ്പനോട്ടൈസ് ചെയ്യുകയാണോ മാസ്മര വിദ്യ പ്രയോഗിക്കുകയാണോ സ്വാമി പറഞ്ഞു കുഞ്ഞെ ഞാൻ ഹിപ്പനോട്ടൈസ് ചെയ്യല്ല ഐ ആം ഡീ ഹിപ്പനോട്ടൈസിംഗ് യു യു ആർ ഓൾറെഡി ഹിപ്പനോട്ടൈസ്ഡ് മായ ഇപ്പൊ തന്നെ മാസ്മരവിദ്യ പ്രയോഗിച്ച് ഞാൻ പുരുഷനാണ് സ്ത്രീയാണ് അജ്ഞാനിയാണ് എന്തൊക്കെയോ ധരിപ്പിച്ചു വെച്ചിരിക്കണോ ഈ ഹിപ്പനോട്ടൈസേഷൻ മായയുടെ മാസ്മര ഇന്ദ്രജാലത്തിൽ നിന്നും എഴുന്നേക്കാം എഴുന്നേൽക്കാനുള്ള വഴി എന്താ ജ്ഞാനം ജ്ഞാനമല്ലാതെ വരെ വഴിയില്ല ഗീതയിൽ മുഴുവൻ ഭഗവാൻ ഉപദേശിക്കുന്നത് ജ്ഞാനമാണ് ഭഗവാൻ തന്നെ പറഞ്ഞു ഇനിയിപ്പോ ബാലഗംഗാധര തിലക്കനൊക്കെ അല്പം സംശയം ഏ ജ്ഞാനം കൊണ്ടൊന്നും കാര്യമില്ലേ കർമ്മമാണോ കൃഷ്ണൻ പറയണു ഗീത മുഴുവൻ ഉപദേശിച്ചിട്ട് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു ഇതം തേ ജ്ഞാനവാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമർശ്യൈ തശേഷേണ കൃഷ്ണൻ തന്നെ ഗീതം മുഴുവൻ ഉപദേശിച്ചിട്ട് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു ഇതം തേ ജ്ഞാനം ആഖ്യാതം കാരണം ഈ അജ്ഞാന വ്യാധിക്ക് വേറെ ഒരു വരുന്നില്ല ഇതം തേ ജ്ഞാനമാരം അതീവ ഗുഹ്യമായിട്ടുള്ള ജ്ഞാനം ഞാനിതാ തനിക്ക് തന്നിരിക്കുന്നു എഴുതിയ വ്യാസൻ ഭാഗവതത്തിലും പറഞ്ഞു ഗീതയിൽ എന്താണോ ഉപദേശിച്ചത് എന്ന് വച്ചാൽ ഗീതം ഭഗവതാ ജ്ഞാനം എത്തത് സംഗ്രാമമൂർധനി കാലകർമ്മ കമോരുദ്ധം പുനരധ്യഗമത് പ്രഭു എന്ന് പ്രഥമസ്കന്ധത്തിലും ഭാഗവതത്തിലും പറയണം ഇപ്പോ ബ്രഹ്മജ്ഞാനം ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യ എന്ന് വെച്ചാൽ എന്താ അവനവന്റെ സ്വരൂപം കണ്ടെത്തുക അജ്ഞാനത്തിന്റെ മറ അജ്ഞാനം എന്ന് വെച്ചാൽ മനസ്സ് തന്നെയാണ് അജ്ഞാനം മനസ്സ് അടങ്ങിയാൽ ആത്മാ പ്രകാശിക്കും മനസ്സ് അലഞ്ഞു നടക്കുമ്പോ ആത്മാനുഭവം ഉണ്ടാവില്ല മനസ്സുള്ളത്തോളം മനസ്സ് പൊന്തി കാണപ്പെടുന്നിടത്തോളം വാസ്തവത്തിൽ നമ്മളുടെ ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും മനസ്സാണ് ഈ മൂന്നവസ്ഥകൾ രൂപത്തിൽ നമ്മളുടെ മുമ്പിൽ വിജൃംഭണം ചെയ്ത് അതായത് പ്രൊജക്ട് ചെയ്ത് കാണപ്പെടുന്നത് മനസ്സാണ് ആ മനസ്സ് ബോധത്തിൽ ലയിക്കുമ്പോ ആത്മാനുഭവം ഉണ്ടാകും അതറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് എളുപ്പമായ മാർഗം നാമജപമാണ് എന്തുകൊണ്ടാ ജപത്തിന് ഭഗവാൻ ദശമ അധ്യായത്തിൽ യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് പറഞ്ഞത് ഇപ്പൊ ഇന്നലെ വരെ കുറെ ആത്മവിചാരത്തിനെ പറഞ്ഞു ഇനിയിപ്പോ ആത്മവിചാരം ഒന്നും വിഷമാണെങ്കിൽ ആത്മവിചാരം പോലെ തന്നെ ഉള്ള ഒരു മാർഗമാണ് ജപം എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുക ലളിതമായിട്ട് ആത്മവിചാരമൊന്നും സാധിച്ചില്ലെങ്കിൽ ഒരുമാതിരി വയസ്സായി കഴിഞ്ഞു ഇനിയിപ്പോ ബുദ്ധി ഒന്നും ഇതിലേക്ക് പ്രവർത്തിക്കണില്ല ഞാനാര് എന്ന് നിരന്തര വിചാരം ചെയ്യാനോ വാസനകളെയൊക്കെ പൊന്തിച്ചുകൊണ്ടുവന്ന് ഇത് ആർക്ക് വരുന്നു എന്ന് വിശകലനം ചെയ്യാനോ എല്ലാവർക്കും ഒന്നും സാധിക്കില്ല പക്ഷേ എല്ലാവർക്കും സാധിക്കണ ഒരു കാര്യമാണ് നിരന്തര ജപം മനസ്സ് എവിടെ വേണമെങ്കിൽ അലഞ്ഞോട്ടെ എങ്ങോട് വേണമെങ്കിൽ പോയിക്കോട്ടെ ജപിക്കാം കുറെ കഴിയുമ്പോ മനസ്സ് തനിയെ വന്ന് ചേർന്നോടും നിരന്തരം ഏതെങ്കിലും ഒരു നാമത്തിന് ഉപദേശം അവർക്കത് മന്ത്രദീക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാമം അത് നിരന്തരം ജപിക്കാം ജപം കൊണ്ട് മനസ്സ് ക്രമേണ അടങ്ങും അനേക വിചാരങ്ങളായി മനസ്സ് എന്ന് വെച്ചാൽ തന്നെ വിചാരങ്ങളുടെ കൂട്ടമല്ലേ മനസ്സ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു വസ്തുവുമില്ലല്ലോ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല മനസ്സ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു സാധനത്തിന് ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല മനസ്സ് എന്ന് പറഞ്ഞാൽ വിചാരങ്ങളുടെ കൂട്ടം ചിത്തവൃത്തികൾ വാസന അപ്പൊ അനേക വിചാരങ്ങളായി വിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഏതെങ്കിലും ഒരു വിചാരത്തിൽ നിർത്തി പരിശീലിപ്പിക്കാം നിരന്തരം അത് പിടിച്ചു വന്നാൽ ജപിച്ചു തുടങ്ങിയാൽ നിരന്തരം ഒരേ നാമത്തിൽ ഒരേ നാമം ഒരേ മന്ത്രം നിരന്തരം അത് പിടിച്ചുകൊള്ളാൽ ജപിക്കാം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അടുക്കളയിൽ പണി ചെയ്യുമ്പോഴും ജോലിയെടുക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും മനസ്സിൽ ചിത്തവൃത്തികൾ കണ്ടിന്യൂസായിട്ട് ഒരു ചിത്തവൃത്തി വരാൻ അനുവദിക്കരുത് വേറെ ലൗകികമായിട്ട് അതിനു ഈ ജപം മനസ്സിൽ ലൗകികമായി എന്തെങ്കിലും ചിത്തവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് വന്ന് സ്ഥലം പിടിച്ചാൽ സമാധാനം പോകും ജപത്തോടൊപ്പം വെറുതെ ജപം ചെയ്താൽ പോരാ അതോടൊപ്പം വേറെ ഒരു കാര്യം ഏറ്റവും മുഖ്യം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ മനസ്സ് ചലിക്കാനുള്ള മൂലകാരണം എന്താണെന്ന് രണ്ടാമത്തെ അധ്യായത്തിനെ പറഞ്ഞു തന്നു മനസ്സ് എന്തുകൊണ്ട് ചലിക്കണമെന്ന് വെച്ചാൽ ആരോടോ ആസക്തി ഉണ്ട് അല്ലെങ്കിൽ ആരോടോ വെറുപ്പുണ്ട് ഇത് രണ്ടും ചലിക്കില്ല വേണമെങ്കിൽ നോക്കിക്കൊള്ളാം മനസ്സിന് സമാധാനം അതിന് മൂല രാഗം ദ്വേഷം ആസക്തി മനസ്സ് ഇത് വെച്ചുകൊണ്ട് കേട്ടതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട പരീക്ഷിച്ചു നോക്കിക്കൊള്ള കാരണം ഇത് തന്നെയാണ് സകല മൂലകാരണം ഒന്നിൽ ആരുടെ അടുത്തോ ഉള്ള അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലുള്ള വെറുപ്പ് അവർഷൻ രാഗം ദ്വേഷം ഈ രണ്ടെണ്ണം കാരണമാണ് മനസ്സ് ചലിക്കുന്നത് അല്ലെങ്കിൽ മനസ്സെന്തിന് ചലിക്കണം ഭഗവാൻ തന്നെ പറയണത് വിഷയങ്ങളെയൊന്നും വിടണ്ട നിങ്ങൾ സന്യാസമൊന്നും എടുക്കേണ്ട കാട്ടിലും ഗുഹയിലും പോണ്ട രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ശതന് ആത്മവശ്യേർ വിധേയാത്മാ പ്രസാദമധിക പ്രത്യേകിച്ച് ധ്യാനമൊന്നും പരിശീലിക്കേണ്ട നാമം ജപിച്ചോള മനസ്സിൽ ആരോടെങ്കിലും പ്രത്യേക അറ്റാച്ച്മെന്റ് തോന്നുമ്പോൾ അപ്പോ അത് തുടച്ച് നീക്കിക്കൊള്ളണം ഈ അറ്റാച്ച്മെന്റ് ദുഃഖത്തിന് കാരണം കാരണം ആരുടെങ്കിലും അറ്റാച്ചഡ് ആയാൽ ഒന്നിൽ അവർ നമ്മളെ വിട്ടിട്ട് പോകും അല്ലെങ്കിൽ നമ്മൾ അവരെ വിട്ടിട്ട് പോകും രണ്ടായാലും ദുഃഖം അതേപോലെ വെറുപ്പ് ആരെങ്കിലും വെറുത്താൽ അപ്പോഴും ദുഃഖം ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു നിങ്ങളുടെ ഒന്നും രൂപം എന്റെ ഉള്ളിൽ വരില്ല നിങ്ങളിൽ പലരെ എനിക്കറിയില്ല പക്ഷെ ആരോടെങ്കിലും പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടു വളരെ ഇഷ്ടപ്പെട്ടാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും അവരെ കുറിച്ചുള്ള വിചാരം എന്റെ മനസ്സ് വിട്ടു ദുഃഖം അതെങ്ങനെ ഉള്ളിൽ നിൽക്കും അത് കിട്ടിയിട്ടില്ലെങ്കിൽ ദുഃഖം അവരെ വീണ്ടും കാണണം പറയണം അതേപോലെ ആരോടെങ്കിലും വെറുപ്പ് വെറുപ്പ് തോന്നിയാലും അവര് മുമ്പിൽ വന്നിരുന്നാൽ ഇവരെന്തിനു വന്നിരുന്നു അപ്പോഴും മനസ്സ് വിഷമിക്കും ഈ രണ്ടെണ്ണം എടുത്തു കളഞ്ഞാൽ പല്ലുപോയ പാമ്പ് വിഷപ്പല്ല് എടുത്തു കളഞ്ഞ പാമ്പിനെ പോലെയാണ് മനസ്സ് പിന്നെ ദ്രോഹിക്കുകയില്ല പിന്നെ എന്ത് ചിത്തവൃത്തികൾ വന്നാലും കുഴപ്പമില്ല വിചാരങ്ങളൊക്കെ വന്നാലും കുഴപ്പമില്ല പ്രത്യേകിച്ച് ധ്യാനം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നാമജപം ചെയ്യുമ്പോ മനസ്സിൽ ഉള്ള വിചാരങ്ങളെ കാണാൻ നമുക്ക് കഴിയും അതാണ് ജപം ചെയ്തു ഒരു സഹായം ജപിക്കുമ്പോ നമ്മളെ തന്നെ നമ്മൾ കാണും ജപം ചെയ്യുമ്പോ തനിച്ചിരുന്ന് ഏകാന്തത്തിലിരുന്ന് ജപം പരിശീലിക്കുമ്പോ നമ്മളുടെ ഉള്ളിലുള്ള വിചാരങ്ങളൊക്കെ പൊന്തി വരും അപ്പൊ നമുക്ക് നമ്മൾ ആദ്യമായിട്ട് നമ്മളെ കാണും ഇതുവരെ നമ്മൾ കാണാത്ത പലതും നമ്മളുടെ ഉള്ളിൽ നമ്മൾ കാണും നമ്മൾ വിചാരിച്ച പോലെ അത്ര നല്ല ആളൊന്നുമല്ല നമ്മളെന്ന് ചിലപ്പോൾ ആദ്യം തോന്നും കുറേ വിചാരങ്ങളൊക്കെ പൊന്തി നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമ്പോൾ ഏകാന്തത്തിലിരുന്ന് ജവിച്ചാൽ കാണാം ആരോടോ ഉള്ള അറ്റാച്ച്മെന്റ് ആരോടോ ഉള്ള വെറുപ്പ് രണ്ടും ഒന്ന് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ വെറുപ്പുണ്ടാവും വെറുപ്പുണ്ടെങ്കിൽ അവിടെ അറ്റാച്ച്മെന്റ് ഉണ്ടാവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ മനസ്സിന് ദുഃഖം അശാന്തി ഇത് രണ്ടും പതുക്കെ പതുക്കെ നീക്കിയാൽ ഭക്തിയുണ്ടെങ്കിൽ വിഷമമേ ഇല്ലാട്ടോ ഭഗവാനോട് അങ്ങോടെ അറ്റാച്ച്ഡ് ആയാൽ ബാക്കിയുള്ള അറ്റാച്ച്മെന്റൊക്കെ തനിയെ പോയിക്കൊള്ളൂ അതില്ലാത്തവർക്കാണ് വിഷമം വളരെ വിഷമം പിടിച്ച മാർഗത്തിലൂടെ പോകണം അറ്റാച്ച്മെന്റും വെറുപ്പും ഒക്കെ എടുത്തു ഇല്ലെങ്കിൽ ഭഗവാനോട് അങ്ങയുടെ അറ്റാച്ച്മെന്റ് ആയാൽ ബാക്കിയുള്ളവരോട് അറ്റാച്ച്മെന്റും ഇല്ല വെറുപ്പുമില്ല ലോകം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല ഗോപസ്ത്രീകളെക്കുറിച്ച് ഭാഗവതത്തിൽ അങ്ങനെയാണ് കൃഷ്ണനോടുള്ള ആസക്തി കാരണം ലോകമുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് അറിഞ്ഞില്ല ആരോടും വെറുപ്പുമില്ല ആരോടും ആസക്തി ഇല്ല അപ്പൊ ഭക്തി ഉണ്ടെങ്കിൽ പിന്നെ ഈ ചോദ്യമേ ഇല്ല ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനിൽ മനസ്സ് ഏകാഗ്രപ്പെട്ടു എന്ന് വെച്ചാൽ ഭഗവാൻ അമ്പലത്തിൽ മാത്രമുള്ള ഭഗവാനല്ല സർവത്ര നിറഞ്ഞു നിൽക്കണ ഭഗവാൻ ഇനിയിപ്പോൾ ആരോടെങ്കിലും പ്രത്യേകിച്ച് അറ്റാച്ച്മെന്റ് തോന്നിയാൽ ആ വ്യക്തിയുടെ രൂപത്തിൽ നിൽക്കുന്നതും ഭഗവാൻ തന്നെ ആരോടെങ്കിലും പ്രത്യേകിച്ച് വെറുപ്പ് തോന്നിയാലോ ആ വ്യക്തിയുടെ രൂപത്തിൽ നിൽക്കുന്നതും ഭഗവാൻ തന്നെ ഇത് പതുക്കെ പരിശീലിക്കണം ഇതിനാണ് തുഞ്ചത്തെഴുത്തച്ഛൻ തുഞ്ചത്താചാര്യൻ യാതൊന്നു കാണതത്തു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതത്തു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതത്തു നാരായണ അർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ അടുത്ത വീട്ടുകാരനോട് എന്തോ പ്രശ്നമുണ്ടെങ്കിൽ അധികവും ഈ അടുത്ത വീട്ടുകാരോട് പ്രശ്നം വരിക ദൂരത്തുള്ളവരൊന്നും കുഴപ്പമില്ല ദൂരത്തുള്ളവരെയൊക്കെ സ്നേഹിക്കാനൊന്നും വിഷമമില്ല കാരണം അടുക്കണേയില്ലല്ലോ ഈ അടുത്തുള്ളവരോടാണ് പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ ഉള്ളുകൊണ്ട് പറഞ്ഞോളൂ അവനും നാരായണ സ്വരൂപം പക്ഷെ അതിന് പറഞ്ഞിട്ട് നാരായണ സ്വരൂപം പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ കയറിയിരിക്കുകയോ ഒന്നും പൂജ ചെയ്യോ ഒന്നും വേണ്ട ഉള്ളുകൊണ്ട് ആ ഭാവന വന്നാൽ അവരോടുള്ള ആ വെറുപ്പ് അല്ലെങ്കിൽ ആസക്തി ഉള്ളും നീങ്ങും നാരായണൻ ആ രൂപത്തിൽ നിൽക്കണു ഭഗവാൻ ആ രൂപത്തിൽ നിൽക്കുന്നു ബ്രഹ്മം ആ രൂപത്തിൽ നിൽക്കണു ഇങ്ങനെ പതുക്കെ വസ്തുക്കളോടുള്ള ആസക്തിയും രാഗവും ദ്വേഷവും ഉള്ളുന്നെടുത്തു കളയാൻ ഇതല്ലാതെ ലളിതമായൊരു മാർഗമില്ല ആചാര്യസ്വാമികൾ ഇതിനെക്കുറിച്ച് പറയുന്നത് എത്രയെത്ര മനോയാതി ബ്രഹ്മണ തത്ര ദർശനം മനസ്സ് എവിടെയൊക്കെ പോയി പറ്റിപ്പിടിക്കണോ അവിടെയൊക്കെ ആ വസ്തുവിനെ വസ്തുവല്ലാതാക്കി മാറ്റണം വസ്തുവായതുകൊണ്ടാണല്ലോ പോയി പറ്റി പിടിച്ചത് അത് വസ്തുവല്ല അത് ബ്രഹ്മമാണ് എന്ന് ബ്രഹ്മണ ദർശനം അത് ബ്രഹ്മമാണ് എന്ന് മനസ്സ് കണ്ടാൽ പിടിപെടും പരിശീലിച്ചത് ആദ്യം കുറച്ച് വിഷമം തോന്നും ഇത് വിദ്യാരണ്യസ്വാമികൾ പറയണത് ഒരു ചാളഗ്രാമത്തിനെ വിഷ്ണു ഒരു കല്ലിനെ എടുത്തുവെച്ച് ശിവൻ എന്ന് പറയുമ്പോ നമുക്ക് എങ്ങനെ ശിവൻ വിഷ്ണു എന്നുള്ള ബുദ്ധി വരുണോ അതുപോലെ തന്നെ സകല വ്യക്തികളിലും ഈശ്വരൻ ഈശ്വരൻ എന്ന് പരിശീലിക്കണം ഒരു അമ്പലത്തിലുള്ള മൂർത്തിയിലോ ഒരു കല്ലിലോ മാത്രം ഉപാസിക്കലല്ല സർവഭൂതേഷു യ ഉപാസ്തേ ഹരിമീശ്വരം സർവഭൂതങ്ങളിലും ഹരിയെ ഉപാസിക്കാം പതുക്കെ എളുപ്പത്തിലൊന്നും പറ്റില്ല അതിന് വെച്ചിട്ട് എല്ലാ ഭൂതങ്ങളെയും പോയി കെട്ടിപ്പിടിക്കുകയോ പൂജ ചെയ്യോ ഒന്നും വേണ്ട ആദരവ് ഉള്ളുകൊണ്ട് കൊണ്ടുവന്നാൽ വെറുപ്പെടുത്തു മാറ്റിയാൽ ആസക്തിയും എടുത്തു മാറ്റിയാൽ മനസ്സ് ശമിക്കും മനസ്സ് ശമിക്കും മനസ്സ് ശമിച്ചാൽ ശാന്തി ശാന്തി ശാന്തിയെ ഒരിടത്തും തേടിക്കൊണ്ടുപോണ്ട ഹിമാലയത്തിലും തേടിക്കൊണ്ടുപോകേണ്ട അമ്പലത്തിലും തേടിക്കൊണ്ടുപോകേണ്ട നമ്മൾ എവിടെ ഇരിക്കണോ അവിടെ ശാന്തി ഇരിക്കണിടത്ത് ശാന്തി അതാണ് നാമജപത്തിന്റെയൊക്കെ ഫലം അല്ലാതെ നാമജപം ഇങ്ങനെ ജപിച്ചിട്ട് എന്റെ മരുമകൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കാണിച്ചു കൊടുക്കാം ഇങ്ങനെ ജപം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഉള്ളുകൊണ്ടിരേ വിചാരം അല്ലെങ്കിൽ അമ്മായി അമ്മയ്ക്ക് എന്തോ വെച്ചോളാം ഇതൊക്കെയാണല്ലോ രാഗദ്വേഷം അഹങ്കാരം ഗൂഢമായിട്ട് ഉള്ളിൽ വെച്ച് അങ്ങടും ഇങ്ങടും രാഗം ദ്വേഷം എന്തെങ്കിലും പരസ്പരം അടുത്ത വീട്ടുകാർ അടുക്കണവരോടാണ് നമുക്കുണ്ടാവുക ദൂരത്തുള്ളവരോടൊന്നും പ്രത്യേകിച്ചില്ല അടുക്കണവരോട് ഈ സാധനമാണ് നമ്മളുടെ ദുഃഖത്തിന് മൂല കാരണം ശാന്തി വേണോ ശരിയായിട്ടുള്ള ശാന്തി വേണോ വെറുതെ നാമം ജപിച്ചാൽ പോരാ നാമജപം നമ്മളുടെ ഉള്ളിലുള്ള രാഗദ്വേഷത്തിനെ കാണിച്ചു വരും ഏകാന്തത്തിലിരുതി ജപിക്കുമ്പോൾ നമുക്കൊരു അവസരമാണ് കുളിക്കുമ്പോൾ നമ്മളുടെ മേലെയുള്ള ചളിയൊക്കെ നമ്മൾ കാണണമല്ലേ ചളിയൊക്കെ കണ്ടിട്ട് സോപ്പ് തേച്ച് കളയണോ അതേപോലെ തുണി അലക്കുമ്പോൾ തുണിയിലുള്ള ചളിയൊക്കെ സോപ്പ് തേച്ച് കളയണം അതേപോലെ നാമജപം എന്ന് വെച്ചാൽ മനസ്സിന് കുളിയാണോ അതാണത്ര യഥാർത്ഥ സ്നാനം മഹാഭാരതത്തില് യക്ഷപ്രശ്നത്തില് യുധിഷ്ഠിരനോട് യക്ഷൻ ചോദിക്കുന്നുണ്ട് എന്താണ് സ്നാനം നമുക്ക് തോന്നിയോ എന്തിനാ ഈ സ്നാനത്തിനെ കുറിച്ച് ചോദിക്കണത് ഇപ്പൊ അതിന് ശരിക്കും ഉത്തരം പറയും സ്നാനം മനോമലത്യാഗ മനസ്സിന്റെ മലത്തിനെ കഴുകിക്കളയണതാണ് കുളി പുറമേക്കുള്ള കുളി വേണം വേണ്ട എന്നല്ല പക്ഷെ അതോടൊപ്പം ദിവസം മനസ്സിനൊരു കുളി രാവിലെയും വൈകിട്ടും നാമജപം മന്ത്രജപം അല്ലെങ്കിൽ ധ്യാനം ഇപ്പൊ ജപമൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും മനസ്സിനെ കാണുക വിട്ടുമാറി നിന്ന് കാണുക മനസ്സിൽ വരുന്ന ചിത്തവൃത്തികളെയൊക്കെ മാറി നിന്ന് കാണുക രാഗദ്വേഷങ്ങൾ എടുത്തു കളയാ ഇല്ലെങ്കിൽ ഏതീശ്വരനെ ഭജിച്ചാലും സകല അമ്പലത്തിൽ പോയാലും ശാന്തി ഉണ്ടാവില്ല ആർക്ക് ഇത് രണ്ടും രാഗവും ദ്വേഷവും ഉണ്ടോ അവർക്ക് എവിടെ പോയാലും ശാന്തി ഉണ്ട് ആരുടെങ്കിലും ഒരാളോട് വെറുപ്പുണ്ടെങ്കിലും ഒരാളോട് ആസക്തി മനസ്സ് മതി മായ അതിനെ പിടിക്കും ഭാഗവതത്തില് അപില ഭഗവാൻ ഒരിടത്ത് പറയുന്നു അമ്മയെ അമ്മ വളരെ ജാഗ്രതയായിട്ടിരിക്കും അമ്മയ്ക്ക് ഉപദേശിക്കുകയാണേ അപില ഭഗവാൻ തന്റെ അമ്മയ്ക്ക് ദേവഹൂതിക്ക് ഉപദേശിക്കുകയാണ് ദേവഹൂതിയോട് പറയാണ് അമ്മയെ അമ്മയുടെ ഭർത്താവുണ്ടല്ലോ കഴിഞ്ഞ ജന്മത്തിൽ അമ്മയുടെ ഭാര്യയായിരുന്നു എന്നുവെച്ചാൽ അമ്മ ഭർത്താവായിരുന്നു ഭർത്താവിനോടുള്ള ആസക്തി കാരണം ഈ ജന്മത്തിൽ പുരുഷനായി ജനിച്ചിരിക്കുന്നു ഭാര്യയോടുള്ള ആസക്തി കാരണം ഈ ജന്മത്തിൽ പുരുഷൻ സ്ത്രീയായിട്ട് ജനിച്ചിരിക്കുന്നു നമുക്ക് ഏറ്റവും അധികം ആസക്തി ഉള്ളത് ആ ആസക്തി മരണസമയത്ത് വാസനാരൂപം കൊണ്ട് മുമ്പിൽ വന്ന് നിൽക്കും അടുത്ത ജന്മത്തിനുള്ള ശരീര രൂപീകരണം അങ്ങനെയാണ് ആരോടാണോ ആസക്തി ആ ആസക്തി രൂപം കൊണ്ട് മുമ്പിൽ വന്ന് നിൽക്കും അപ്പോ കപിലൻ പറയണത് അമ്മ അമ്മ പതുക്കെ എടുത്തുമാറ്റ ആ വാസനകളൊക്കെ ഏതെങ്കിലും ഒരു വാസന അവശേഷിച്ചാൽ മായ ആ വാസനയുടെ രൂപം കൊണ്ട് മുമ്പിൽ വന്ന് നിൽക്കും ആ വാസന കഴുകിക്കളയാനാണ് വേറൊന്നും ഇല്ല ഉദ്ദേശം അപ്പൊ ഈ വാസനകൾ രാഗവും ദ്വേഷവും ഉള്ളുന്നെടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ യാതൊരു രക്ഷയില്ല ശാന്തിക്കും അതിന് ഒരു വെളിയിലൊരു സാധന അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം നാമം ജപിച്ചോളാം നാമജപം ഏകാന്തത്തിലിരുന്ന് ജപം ജപത്തോടൊപ്പം പതുക്കെ ഈ മനസ്സിന്റെ കോളാറുകൾ ഓരോന്നായി നമ്മൾ തീരുമാനിക്കണം നമുക്ക് ശാന്തി ഉണ്ടോ അല്ലാതെ മറ്റുള്ളവരല്ല മറ്റുള്ളവർ തീരുമാനിച്ചാൽ പോരാ നമ്മൾക്കുള്ള വഴി നമ്മൾ കണ്ടുപിടിക്കണം ജപം എന്നുള്ളത് ഒരു സാധനം പുറമേക്ക് ഏകാന്തത്തിലിരുന്ന് നമ്മളെ തന്നെ നോക്കി ആദ്യം ഒരു സ്വാർത്ഥത വളർത്തിയെടുക്കാം എല്ലാവരും നിസ്വാർത്ഥരാവാൻ പറയും ഞാൻ പറയണം സ്വാർത്ഥരാവാം എന്ത് സ്വാർത്ഥത എന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ തന്നെ മരിക്കുന്നതിന് മുമ്പ് പരിപൂർണമായ ശാന്തി എനിക്ക് കിട്ടണം എന്നുള്ള സ്വാർത്ഥത ഈ സ്വാർത്ഥത ഉള്ളിൽ വന്നാൽ ശരിക്കും ആ ശാന്തി നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു നിസ്വാർത്ഥത വേറൊന്നുമില്ല ആർക്ക് ശാന്തിയുണ്ടോ അവന്റെ സന്നിധിയിൽ എത്ര അശാന്തനായവനും ശാന്തി അനുഭവിക്കും അല്ലാതെ ശാന്തിയെക്കുറിച്ച് പ്രസംഗിച്ചതുകൊണ്ടോ നമുക്ക് പുസ്തകം എഴുതിയതുകൊണ്ടോ ശാന്തി കിട്ടില്ല ശാന്തി വേണമെങ്കിൽ നമ്മൾ ഒരു വിധത്തിൽ സ്വാർത്ഥരാവണം എന്നിട്ട് സ്വാർത്ഥത നേടിക്കഴിഞ്ഞാൽ ഭാഗവതത്തിലെ വിതുരൻ ധൃതരാഷ്ട്രരോട് പറയുന്നുണ്ട് രാജാവെ അല്പം സ്വാർത്ഥനാവുക ഒരു നാട്ടിന് വേണ്ടി ഒരു വീട്ടിന് ഒരു മനുഷ്യൻ ദ്രോഹം ചെയ്യണമെങ്കിൽ ആ മനുഷ്യനെ ഉപേക്ഷിക്കണം ഒരു ഗ്രാമത്തിന് ഒരു വീട് ദ്രോഹം ചെയ്യണമെങ്കിൽ ആ വീടിനെ ഉപേക്ഷിക്കണം ഒരു നഗരത്തിന് ഒരു ഗ്രാമം ദ്രോഹമാണെങ്കിൽ ആ ഗ്രാമത്തിനെ ഉപേക്ഷിക്കണം ഒരു രാജ്യത്തിനു ഒരു നഗരം ദ്രോഹമാണെങ്കിൽ ആ നഗരത്തിനെ ഉപേക്ഷിക്കണം ആത്മാവിന് ഈ പ്രപഞ്ചം ദ്രോഹമാണെങ്കിൽ പ്രപഞ്ചത്തിനെയേ ഉപേക്ഷിക്കണം ആത്മാർത്ഥേ പൃഥിവിയും തെജയത് എന്നിട്ട് വിദുരൻ പറയണത് രാജാവെ അറിയേണ്ടതറിഞ്ഞ് ഒന്നിൽ സ്വയമേവ ചിന്തിച്ച് വിചാരം ചെയ്ത് ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്ത് ഞാൻ ശരീരമല്ല ഞാൻ മനസ്സല്ല ഞാൻ ബുദ്ധിയല്ല ശരീരത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ആത്യന്തികമായി ആർക്കും പരിഹരിക്കാൻ പറ്റില്ല എത്ര സയൻസ് പ്രോഗ്രസ് ആയാലും വ്യാധി വരാതെ നോക്കാൻ പറ്റില്ല അപ്പൊ ശരീരത്തിനോടുള്ള അറ്റാച്ച്മെന്റ് വിടലല്ലാതെ വളരെ രക്ഷയില്ല ശരീരം ഞാനല്ല മനസ്സും ഞാനല്ല ബുദ്ധിയും ഞാനല്ല അഖണ്ഡമായ ബോധമാണ് ഞാൻ ജനനമരണ സ്പർശമില്ലാത്ത ബോധവസ്തുവാണ് ഞാൻ ശാന്തിയെ സ്വരൂപമായിട്ടുള്ള ആത്മാവാണ് ഞാൻ എന്നുള്ളത് അനുഭവം കൊണ്ട് സമാധിചക്ഷുസ്സുകൊണ്ട് കണ്ടിട്ട് അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ യസ്വകാത്ത് പരതോമേഹ ജാത നിർവേദ ആത്മവാൻ ഹരിം ഗേഹാത് പ്രവ്രജേത് സനരോത്തമ ഹൃദയത്തിൽ ഹരിയെ പിടിച്ചിരുത്ത എന്ന് വെച്ചാലോ ആത്മാവിനെ തെളിച്ചനുഭവിക്കാം എന്നിട്ടോ ഗതസ്വാർത്ഥമിമം ദേഹം ഇനി സ്വാർത്ഥം വേണ്ട അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തു സ്വാർത്ഥം ശാന്തി സ്വന്തം ഈ ഒരിക്കലും നഷ്ടപ്പെടില്ല ശാന്തി ആ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഗതസ്വാർത്ഥമിമം ദേഹം നേടേണ്ടത് നേടിയെടുത്തു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് വിരക്തോ മുക്തബന്ധന അവിജ്ഞാത ഗതിർജഹ്യാത് സഭൈ ധീര ഉദാഹൃതമാണ് വിതുരൻ പറയണത് ഏട്ടനോട് ധൃതരാഷ്ട്രനോട് രാജാവെ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ശരീരത്തിന് പൂർണ്ണ വൈരാഗ്യത്തോടുകൂടി എവിടെയെങ്കിലും കാട്ടിലും മൃഗങ്ങൾക്ക് ആഹാരമാവണ പോലെ കൊണ്ടു കളയണം ആരും അറിയാതെ എവിടെയെങ്കിലും ഈ ശരീരത്തിന് ഉപേക്ഷിക്കണം അവൻ ധീരനാണ് അപ്പോ അറിയേണ്ടത് അറിഞ്ഞാൽ ജീവിതം ധന്യമാവും ശാന്തി ഉണ്ടാവും ശാന്തിയോടെ ശരീരത്തിന് എപ്പോ വേണമെങ്കിൽ ഉപേക്ഷിക്കാം ആ ശാന്തി ഇല്ലെങ്കിൽ ബാക്കി പുറമേക്കൊക്കെ നേടിയെടുത്തിട്ട് എന്ത് കാര്യം ഇപ്പോ നോക്കിയിട്ട് ഇപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ പലരെയും ബന്ധപ്പെടേണ്ടി വരുമേ ഒരുപാട് ആളുകൾ അവരുടെ കഥയുമൊക്കെ ഇങ്ങനെയെങ്കിലുമൊക്കെ ചെവിയിൽ വീഴും നോക്കുമ്പോ ഇപ്പോ നാട്ടിൽ മുഴുവൻ ആളുകൾക്ക് പണമുണ്ട് വീടുണ്ട് ആരോഗ്യം പോലും ചിലപ്പോണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ജീവിക്കാൻ അറിയണില്ല എല്ലാം ഉണ്ടായിരുന്നിട്ടും പരസ്പരം കലഹം നല്ല കുടുംബം കുടുംബത്തിലെ കലഹം രാഗം ദ്വേഷം അങ്ങടും ഇങ്ങടും കണ്ടാലാവില്ല സമാധാനമില്ല എല്ലാം ഉണ്ട് പണമുണ്ട് നല്ല വീടുണ്ട് എല്ലാം ഉണ്ടെങ്കിലും സമാധാനത്തോടിരിക്കാൻ കഴിയുന്നില്ല ആരെ കുറ്റം പറയും ഈശ്വരനെ പഴിക്കണോ നമ്മൾ നമ്മളെ തന്നെ കഴിക്കണം ഒരേ ഒരു കാരണം വെറുപ്പ് ആരോടോ വെറുപ്പ് ആരെയോ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ആരോടോ ആസക്തി വെറുക്കാൻ തന്നെ പലപ്പോഴും കാരണം നോക്കിയാൽ ആരോടോ ഉള്ള ആസക്തി കാരണമായിരിക്കും ആരോടോ വെറുപ്പുണ്ടാവും ഇതെങ്ങനെ എടുത്തു കളഞ്ഞാൽ മകനോടുള്ള ആസക്തി കാരണം മരുമകളോട് വെറുപ്പുണ്ടാവും ഭർത്താവിനോടുള്ള ആസക്തി കാരണം അമ്മായിയമ്മയോട് വെറുപ്പുണ്ടാവും ഇതൊക്കെ സഹജം നോക്കിയാൽ നമ്മൾക്ക് സമാധാനം പോണെന്ന് കണ്ടാൽ ആ ആസക്തി ഉള്ളുകൊണ്ടു വിടുക പുറമേക്ക് വിടണ്ട ഉള്ളുകൊണ്ടു വിടുക പുറമേക്ക് ഒക്കെ കൈകാര്യം ചെയ്തുകൊള്ളാം വ്യവഹരിച്ചോളാം ഉള്ളുകൊണ്ട് ആ അങ്ങോട്ട് വിട്ടാൽ സമാധാനം സ്നേഹത്തോടെ ഇരിക്കാം പുറമേക്ക് സ്നേഹത്തോടെ ഇരിക്കാം അകമയ്ക്ക് അതൊന്നും നമ്മളെ കഷ്ടപ്പെടുത്തില്ല പുറമേക്ക് നമ്മളൊന്ന് സ്നേഹമൊന്ന് പ്രകടിപ്പിച്ചാൽ അല്പം ഒന്ന് പ്രകടിപ്പിച്ചാൽ തന്നെ ഉള്ളിൽ ആനന്ദമുണ്ടാവും ശാന്തി ഉണ്ടാവും അപ്പോ ഇതല്ലാതെ വേറെ വഴിയേ അല്ല ഇത് ഭഗവാൻ ആദ്യമേ പറഞ്ഞു ഇതിന്റെ സീക്രട്ട് രാഗവും ദ്വേഷവും ഉള്ളെന്ന് എടുത്തുകളയുക എന്നിട്ട് വിഷയങ്ങൾ എതിർച്ചയാ വരണതൊക്കെ അനുഭവിച്ചോളൂന്ന് ഒന്നും വിട്ടിട്ട് പോവുകയേ വേണ്ട ഇവിടുന്ന് ആർക്കും ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല ആ ലോകത്തിൽ ഉപേക്ഷിക്കാൻ ശ്രമിക്കണവരൊക്കെ പരാജയപ്പെടുകയാണ് എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും ഹിമാലയത്തിൽ ഏതെങ്കിലും ഗുഹയിൽ പോയിരുന്നാലും നമ്മളൊന്നും ഉപേക്ഷിക്കണില്ല ഹിമാലയം ഗുഹയിൽ പോയിരുന്നാലും അവിടെയും വിഷയങ്ങളൊക്കെ വന്നു ഭാഗവതത്തിലെ സൗബരി എന്ന് പറഞ്ഞൊരു മഹർഷിയുടെ കഥ അദ്ദേഹം തപസ് ചെയ്തു കുറെ കാലം തപസ് ചെയ്തപ്പോ എത്ര ശ്രമിച്ചിട്ടും മനസ്സടങ്ങണില്ല അദ്ദേഹത്തിനുമല്ലാത്ത വിഷമം ലോകത്തിലെങ്ങി തിരിഞ്ഞാലും അട്രാക്ഷൻ ആകർഷണം വികർഷണം എന്തൊക്കെയായാലും മഹാവിഷമം അയാൾ ഗുഹയിൽ പോയിരുന്നു നോക്കി അവിടെയും ആരെങ്കിലുമൊക്കെ വരുന്നു ഗുഹയുടെ ഉമ്മറത്തുകൂടെ ആരെങ്കിലുമൊക്കെ നടന്നു പോയാൽ ഡിസ്റ്റർബൻസ് എവിടെയിരുന്നാലും അദ്ദേഹത്തിന് തപസ് ചെയ്യാൻ വയ്യ അവസാന യോഗിയാണ് യോഗസിദ്ധികളൊക്കെ ഉണ്ട് ഈ യോഗസിദ്ധി ഒന്നും ജ്ഞാനത്തിന്റെ ലക്ഷണമല്ല സിദ്ധികളൊക്കെ ഉണ്ടാവും പക്ഷെ ഉണ്ടാവില്ല ശാന്തി ഉണ്ടാവില്ല രമണ മഹർഷി ഒരടുത്ത് പറയുന്നു സിദ്ധികൾ കൂടുന്തോറും മനസ്സ് അശാന്തമായിക്കൊണ്ടേയിരിക്കുന്നതാണ് എത്രയൊക്കെ കാരണം മനസ് ഉപയോഗിക്കാതെ ഈ സിദ്ധികളൊന്നും ചെയ്യാനേ പറ്റില്ല മനസ്സിനെ ഉപയോഗിക്കുമോറും അശാന്തിയാണ് അപ്പൊ സൌഗരി മഹർഷി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവസാനം ഒരു ഇടം കണ്ടുപിടിച്ചു ഒരു സ്ഥലം എവിടെയാന്ന് വെച്ചാൽ കാളിന്തി നദിയുടെ വെള്ളത്തിന്റെ ഉള്ളില് അദ്ദേഹത്തിന് വിഷമൊന്നുമില്ല വെള്ളത്തിനെ അങ്ങനെ സ്തംഭനം ചെയ്യും എന്നിട്ട് അതിനകത്തെ ഹട്ടയോഗം അതിനകത്ത് പോയിരുന്നു ആ ഇനി ആരും നമ്മളെ ആകർഷിക്കില്ല നമുക്ക് ആരോടും വെറുപ്പും വരില്ല ആരോടും ആകർഷണവും വരില്ല സൗഖ്യം എന്ന് പറഞ്ഞ് വെള്ളത്തിന്റെ അടിയിൽ പോയിരുന്നു അവിടെ ഇരുന്നപ്പോണ്ട് കുറച്ചു കഴിഞ്ഞപ്പോ ആ മത്സ്യങ്ങളോടൊക്കെ ഒരു സ്നേഹം ഒരു കൂട്ടുകെട്ടായി വെള്ളത്തിന്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ഗരുഡൻ ഒരു മീനിനെ പിടിക്കാൻ വന്നു മീനിനെ കടിച്ചപ്പോ വല്ലാതെ കോപം വന്നു ഗരുടനെ ശപിച്ചു ഇനിമേലാൽ ഈ കാളിന്തി വെള്ളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ താൻ തലവെടിച്ചു മരിച്ചുപോകും തല മരിച്ചുപോകും ശാപം ശപിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെയാണ് തോന്നുന്നു അയ്യയ്യോ ഞാൻ ഈ കോപിക്കാൻ പാടില്ലെന്ന് വന്നിട്ടാണല്ലോ ഇവിടെയും വന്നിട്ട് ഈ ഗരുഡനോട് കോപം വന്നുവല്ലോ ശരി ഇനി കോപിക്കരുത് എന്ന് തീരുമാനിച്ചു കോപത്തിനെ അടക്കാൻ നിശ്ചയിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോണ്ട് അടുത്തുകൂടെ മീനുകളൊക്കെ ഇങ്ങനെ തൊട്ടു തൊട്ട് ഒരുമി പോവും വെള്ളത്തിന്റെ ഉള്ളിൽ അങ്ങനെ പോകുമ്പോ ഒരു ആൺമീന് ഒരു പെൺമീന് അതിന്റെ കുട്ടികളും ആയിട്ട് ഇങ്ങനെ പോണു ഇതൊക്കെ കണ്ടപ്പോ തോന്നി ആഹാ എത്ര സുഖം ഇങ്ങനെ ജീവിക്കണതല്ല രസം ഭാര്യ ഭർത്താവ് കുട്ടികള് എനിക്കും ഉടനെ ഇപ്പൊ പോയിട്ട് വിവാഹം കഴിക്കണം നേരത്തെ ആവാമായിരുന്നു ഇപ്പോഴാണ് തോന്നിയത് വെള്ളത്തിന്റെ ഉള്ളിൽ എന്നിട്ട് വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് വെളിയിൽ വന്നു എന്നിട്ട് നേരെ മാൻധാതാവിന്റെ അരമനയ്ക്ക് പോയി കൊട്ടാരത്തിൽ പോയി കൊട്ടാരത്തിൽ പോയിട്ട് ഈ താപൻ പറഞ്ഞു മാന്ധാതാവിന് അമ്പത് പെൺകുട്ടികളാണ് അമ്പത് പെൺകുട്ടികൾ മാൻധാതാവിനോട് പോയിട്ട് പറഞ്ഞു നിങ്ങളുടെ മക്കളിൽ ഒരു മകളെ എനിക്ക് വിവാഹം കഴിച്ചായിരുന്നു ഋഷിയോടെ എങ്ങനെ സാധിക്കില്ല എന്ന് എങ്ങനെ പറയും കോപിച്ച് ശപിച്ചാലോ രാജാവിന് പേടിയായി അപ്പൊ രാജാവ് ഡിപ്ലമാറ്റിക് ആയിട്ട് ഒന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് രാജാവ് എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ അന്തപുരത്തിലെ എന്റെ പെൺകുട്ടികൾ അമ്പത് പേരും അവരിൽ ആര് അങ്ങയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അവരെ കഴിച്ചോളൂ എന്ന് പറഞ്ഞു എന്നല്ല ആർക്ക് അങ്ങയെ ഇഷ്ടപ്പെട്ടുവോ അവരെ വിവാഹം കഴിച്ചോളൂ പറഞ്ഞു സൌബരിക്ക് മനസ്സിലായി ഓഹോ അങ്ങനെയാണ് വിചാരിക്കണതല്ലേ സുരസ്ത്രീകൾ പോലും കാമിക്കുന്ന രീതിയിൽ ഞാൻ എന്നെ ആക്കി തീർക്കേണ്ടതെന്ന് കൈ ഇങ്ങനെ കാണിച്ചു അതിസുന്ദരൂപമായി എന്നിട്ട് നേരെ അന്തപുരത്തിലേക്ക് പോയി പെണ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ചേച്ചി മാറി ഞാൻ കഴിക്കും മാറി നിൽക്കാം അങ്ങട് ഇങ്ങിടും അവസാനം സൗബരി പറഞ്ഞു പേടിക്കണ്ട അമ്പത് പേരെ ഞാൻ വിവാഹം കഴിക്കാം അമ്പത് പേരെയും കല്യാണം കഴിച്ചു എന്തിനു പറയണു രാജാവ് മാന്താതാവ് മൂക്കത്ത് വിരൽ വെച്ചു പോകുന്നു എന്താന്ന് വെച്ചാൽ രാജാവിന് ഒരുവിധം സൌഖ്യമൊക്കെ ഉണ്ട് കൊട്ടാരമുണ്ട് സുഖസൌകര്യങ്ങളൊക്കെ ഉണ്ട് മുറികളുണ്ട് മുറികൾ അവിടെ എവിടെയായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ട് പക്ഷേ ഈ സൗകര്യക്ക് ഇങ്ങനെ കൈ കാണിച്ചാൽ അവിടെ ഒരു പൂന്തോട്ടം ഇങ്ങനെ കൈ കാണിച്ചാൽ അവിടെ ഒരു കെട്ടിടം ഇങ്ങനെ കൈ കാണിച്ചാൽ അവിടെ ഒരു സ്വിമ്മിംഗ് പൂള് എന്തൊക്കെ വേണോ അതൊക്കെ കൈ കാണിച്ചാൽ മുമ്പിൽ വരും എന്നിട്ട് ഈ അമ്പത് പെൺകുട്ടികളുടെ കൂടെയും കുടുംബം നടത്തി അമ്പതിൽ ഓരോന്നിലും പപ്പത്ത് കുട്ടികളുണ്ടായി മൊത്തത്തില് അഞ്ഞൂറ്റി അമ്പത്തി ഈ ദക്ഷിണയൊക്കെ കൊടുക്കണ പോലെ സംഭാവന കൊടുക്കണ പോലെ അഞ്ഞൂറ്റി അമ്പത്തി ഇതൊക്കെ കൂടെ കഴിഞ്ഞപ്പോഴാണ് അഞ്ഞൂറ്റി അമ്പത് ആളുകൾ സൌകര്യം കൂട്ടിയാൽ ഒന്ന് എല്ലാം കൂടെ ആയപ്പോഴാണ് സൗഭരിക്ക് അവസാനം തോന്നിയത് അഹോമേ പശ്യത ജ്ഞാനം ഞാൻ എന്തുമില്ല അജ്ഞാനിയായിപ്പോയി എന്റെ തേജസ്സൊക്കെ ക്ഷയിച്ചു പോയല്ലോ അജ്ഞാനത്തിന് വഴങ്ങിപ്പോയല്ലോ ഇവിടെ സൗപരിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ യോഗതാപസനാണ് ജ്ഞാനം അല്ല ജ്ഞാനം ആദ്യമേ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല അതിന് ഭാഗവതത്തെ തന്നെ ഋഷഭയോഗീശ്വരൻ ഉണ്ടായിരുന്നു അദ്ദേഹം രാജാവായിരുന്നു നൂറുകുട്ടികളുണ്ടായിരുന്നു നൂറുകുട്ടികളിൽ എൺപത്തിയൊന്ന് പേര് മഹാതപസ് കൊണ്ട് ബ്രാഹ്മണരായിട്ട് തീർന്നു ഒമ്പത് പേര് രാജ്യാധിപതികളായി ഒമ്പത് പേര് അവധൂതന്മാരായി ജീവൻമുക്തരായി ഒരാൾ ഭരതൻ ആ ഭരതനെ കാരണമാണ് നമ്മുടെ രാജ്യത്തിന് ഇന്ന് ഭാരതം പേര് ഋഷഭയോഗീശ്വരൻ ഇത്ര പുത്രന്മാരുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് ബ്രഹ്മമൊന്നും ബ്രഹ്മവിദ്യയൊന്നും ചലിച്ചില്ല അദ്ദേഹത്തിന് ക്ഷയമൊന്നും ഉണ്ടായില്ല തപസ്സൊന്നും ക്ഷയിച്ചില്ല അരമനയിൽ ഇത്രയും കുട്ടികളും മക്കളും ഒക്കെ ആയിട്ടിരുന്ന് അദ്ദേഹം അവസാനം ജഗത്ത് മുഴുവൻ ബ്രഹ്മമയമായി കണ്ടുകൊണ്ട് സകല ചരാചരങ്ങളും പരമാത്മ സ്വരൂപമായി കണ്ടുകൊണ്ട് അവധൂതനായി ഇറങ്ങിപ്പോയി അദ്ദേഹത്തിന് ഇതെങ്ങനെ സാധിച്ചോ എന്ന് വെച്ചാൽ സൌകര്യ പോലെ ഇത് സ്ത്രീയാണ് ഇത് പുരുഷനാണ് ഇത് കുട്ടികളാണ് എനിക്ക് മക്കളുണ്ടാവുന്നു ഞാൻ വീണുപോയി ഞാൻ ഉയർന്നുപോയി വേണം ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പ്രാരബ്ധ നുസരിച്ച് കുടുംബത്തിൽ ജീവിച്ചു ജീവിച്ചു ഭാര്യയും മക്കളും ഒക്കെ അദ്ദേഹത്തിന് പരമാത്മസ്വരൂപം ഇവിടെ തന്റേതൊന്നൊന്നുമില്ല മത്പ്രാണനും പലനും ഒന്നെന്നുരപ്പവർക്ക് തത്പ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലത് കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായണം സ്വപ്നം പോലെ ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട് ഇതൊക്കെ തന്നെ ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മത്തിൽ വെറും ഒരു നാമരൂപ ആരോപണം ഈ കുടുംബവും ഒക്കെ അതൊന്നും ബന്ധിച്ചില്ല അദ്ദേഹത്തിന് പക്ഷെ സൌബരിയുടെ കാര്യം അതല്ല ബന്ധിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചു രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല രാഗദ്വേഷം നീക്കുക അല്ലാതെ എവിടെ രക്ഷപ്പെടാൻ രാഗദ്വേഷം നീക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യമേ സൌബരിക്ക് എവിടെ വേണമെങ്കിൽ ഇരിക്കായിരുന്നു രാഗദ്വേഷം നീക്കാതെ കുളത്തിന്റെ അടിയിൽ പോയി ഇരുന്നിട്ടും നദിയുടെ ഉള്ളിൽ പോയി ഇരുന്നിട്ടും കുടുങ്ങി രാഗദ്വേഷം അവിടെയും വന്നു ഒരു രൂപം കൊണ്ടുവന്നു അപ്പോ സമാധാനം എന്നുള്ളത് അമ്പലത്തിലോ ഹിമാലയത്തിലോ അല്ല മഹർഷിയോട് ഒരു ഭക്തൻ പറഞ്ഞുവേ എനിക്ക് ആശ്രമത്തിൽ വരുമ്പോ ഇപ്പൊ നല്ല സമാധാനമുണ്ട് വീട്ടിലിരുന്ന സമാധാനമേ ഇല്ല അപ്പൊ മഹർഷി പറഞ്ഞു ഇവിടെയും ഒരു പതിനഞ്ച് ദിവസം ഇരിക്ക ആ അസമാധാനം വരും ഇപ്പൊ തൽക്കാലം ഈ പുതിയ അന്തരീക്ഷത്തിൽ ഇരിക്കണത് കൊണ്ട് മനസ്സൊന്നടങ്ങിയിട്ടിരിക്കയാണ് പക്ഷെ വാസനയൊന്നും പോയിട്ടില്ല ഇവിടെയും ഇപ്പൊ പത്ത് ദിവസം ഇരുന്നാൽ സമാധാനം ഉണ്ടാവും ഒരു അഞ്ചു ദിവസം അധികം ഇരിക്കുക അപ്പൊ അസമാധാനം വരും ആ ഉള്ളിലുള്ള ആളുകൾ തൽക്കാലം പേടിച്ചിട്ട് ഇപ്പൊ ഉള്ളിലേക്ക് പോയിരിക്കാണ് അവര് പൊന്തി വരും കുറച്ചു കഴിയുമ്പോൾ അപ്പോ അങ്ങനെയൊന്നും എളുപ്പമായിട്ടുള്ള ഒരു മാർഗമൊന്നുമില്ല എളുപ്പമായ മാർഗം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇരിക്കുന്നിടത്ത് ഇരുന്നുള്ളൂ ഒന്നും വിടാനുമില്ല ഒന്നും എടുക്കാനും ഒന്നും മാറ്റിമറിക്കാനുമില്ല എവിടെ ഇരിക്കണോ അവിടെ പതുക്കെ ഈ വെറുപ്പും ആസക്തിയും എടുത്തു മാറ്റിയ മാറ്റാൻ എന്താ വഴി നമുക്ക് ആരോട് വെറുപ്പ് തോന്നുന്നു അവർ സാക്ഷാത് ഈശ്വരസ്വരൂപമാണ് അവരെങ്ങനെ വെറുക്കും ആരോടെങ്കിലും പ്രത്യേകിച്ച് ആസക്തി തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴും പറഞ്ഞോളാം ഭഗവാനോടുള്ള ഭക്തിയാണ് ഈ രൂപം അതാണ് കൃഷ്ണൻ ജനിച്ച ഉടനെ വസുദേവരോടും ദേവകിയോടും പറയണത് അമ്മേ എന്നെ കുട്ടി മാത്രമായിട്ട് കരുതിയാൽ നിങ്ങൾ പെട്ടു യുവാമ്മാം പുത്രഭാവേന് ബ്രഹ്മഭാവേന ച അസഹൃ ചിന്തയന്തൗ കൃതസ്നേഹവുംസ്യേധേ മദ്ഗതിം പരാം പുത്രഭാവത്തിൽ ചിന്തിച്ചിട്ടാണ് രണ്ട് ജന്മത്തിൽ കുടുങ്ങിയതേ സാക്ഷാത് ഭഗവാൻ ജനിച്ചിട്ട് പോലും അതിഥിയും കശ്യപനുമായിട്ടുള്ളപ്പോ ഇവർക്ക് മുക്തി കിട്ടിയില്ല കാരണം എന്താ ഞങ്ങളുടെ മകനാണോ മകനാണോ എന്ന് വിചാരിച്ചു ഇപ്പൊ ഭഗവാൻ പറഞ്ഞത് പുത്രൻ ഭാവം ഉണ്ടാവട്ടെ പക്ഷെ അതോടൊപ്പം പരമാത്മഭാവം ബ്രഹ്മഭാവവും കൂടെ ചേർത്തോളണം എന്നാൽ ആസക്തി വീണുപോകും അല്ലെങ്കിലോ പുത്രൻ പുത്രൻ എന്ന് വിചാരിക്കുമോറും ആ പുത്രനോടുള്ള അറ്റാച്ച്മെന്റ് കൂടി വരും ദുഃഖത്തിന് കാരണമാവും പുത്രഭാവേന് ബ്രഹ്മഭാവേന ചിന്തയുന്തവും കൃതസ്നേഹവും അപ്പോ ഇതാണ് ശാന്തിക്കുള്ള ഒരേ മാർഗം ഇത് അർജുനന് സുവ്യക്തമായിട്ട് ഭഗവാൻ ഈ പത്ത് അധ്യായങ്ങൾ കൊണ്ട് ഉപദേശിച്ചു ഒമ്പത് അധ്യായം മുഖ്യമായിട്ട് ഒമ്പതാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് ഭക്തിസാധനകളെയും പറഞ്ഞു അർജുന ഇത് ഉറക്കണമെങ്കിൽ നാമം ജപിക്കുക സങ്കീർത്തനം ചെയ്യ സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവ്രത നമസ്യന്തശ്ച മാം ഭക്യാ നിത്യുക്ത ഉപാസതയും ഉപാസനയെ പറഞ്ഞു ഒമ്പതാമധ്യായം ഉപാസനയെ പറഞ്ഞു അതായത് ഉപാസന ഉണ്ട് ചിത്രം ശുദ്ധമായാലേ ശാന്തി ഉണ്ടാവുള്ളൂ ബ്രഹ്മധ്യാനമൊക്കെ സാധിക്കുള്ളൂ അപ്പൊ ഉപാസിക്കാൻ ഞാൻ ആരെയാണ് ഉപാസിക്കേണ്ടത് എന്ന് വെച്ചാൽ അതാണ് പത്താമധ്യായത്തിലെ വിഭൂതി യോഗത്തിൽ അനേകം വിഭൂതികളെ പറഞ്ഞത് ഉപാസനയാണ് ഏതിനു വേണമെങ്കിൽ എടുത്തോളാം ഈ കാണുന്നതൊക്കെ വിഭൂതി വിഭൂതി യോഗത്തിൽ വർണ്ണിച്ചതൊക്കെ ഭഗവാന്റെ അനേക രൂപങ്ങൾ അതിൽ ഏറ്റവും ആദ്യം വർണ്ണിച്ച വിഭൂതി ആത്മാഅ അഹമാത്മാ ഗുടാകേശ സർവഭൂതാശയസ്ഥിത അഹമാതിശ മധ്യം ഭൂതാനാമന്ത്യേവച് അർജുന വൃഷ്ടികളിൽ ആരെങ്കിലും ഉപാസിക്കണമെങ്കിൽ വാസുദേവനെ ഉപാസിച്ചോളാം രുദ്രന്മാരിൽ ആരെങ്കിലും ഉപാസിക്കണമെങ്കിൽ ശങ്കരനെ ഉപാസിച്ചുകൊടാം പാണ്ഡവരിൽ ധനഞ്ജയൻ അർജുനൻ ഞാനാണ് എന്നുവെച്ചാൽ എവിടെയൊക്കെ ഐശ്വര്യം കാണുന്നുവോ ശക്തി കാണുന്നുവോ തേജസ് കാണുന്നു അവിടെയൊക്കെ ഞാൻ പ്രകാശിക്കുന്നു ഇതിനെയൊക്കെ എന്റെ ഒരു വിഗ്രഹമായിട്ടെടുത്ത് ഉപാസിച്ചുകൊടുപ്പെട്ടു മേലെ പോവാം ഉദ്ധരിക്കാം അതാണ് വിഭൂതി യോഗത്തിൽ പറഞ്ഞു എന്നിട്ട് ജഗത്തു മുഴുവൻ ഭഗവാന്റെ സ്വരൂപമാണെന്ന് കാണിച്ചും കൊടുത്തു പതിനൊന്നാമത്തെ അധ്യായത്തിൽ അതാണ് നമ്മൾ ഇന്നലെ വരെ കണ്ടത് ജഗത്ത് മുഴുവൻ കാലപുരുഷനായി വികസിച്ചു നിന്നു വ്യാപിച്ചു നിന്നു മഹാബലിയുടെ മുമ്പില് വാമനമൂർത്തിയായി വന്നിട്ട് തദ്വാമനം രൂപമവർദ്ധതാദ്ഭുതം അരേഹേ അനന്തസ്യ ഗുണത്രയാത്മകം എന്ന് ഭാഗവതത്തിൽ പറഞ്ഞ പോലെ വ്യാപിച്ചു സർവത്ര വ്യാപിച്ചു മുമ്പിൽ നിന്നു മഹാബലി പേടിച്ചില്ല മഹാബലി പേടിക്കാതിരിക്കാൻ കാരണം മഹാബലിക്ക് ആദ്യമേ അറിയാം ഞാൻ എന്നൊരാളേ ഇല്ല ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നുള്ളത് നല്ല ഉറപ്പുണ്ട് ശുക്രാചാര്യരെ ആദ്യമേ മഹാബലിക്ക് ഉപനിഷത്തൊക്കെ ഉപദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് മഹാബലിക്ക് ബ്രഹ്മം മാത്രം സത്യം എന്നുള്ളത് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് കാലപുരുഷനെ കണ്ടപ്പോ ഒട്ടും ഭയപ്പെട്ടില്ല പക്ഷേ ഇവിടെ അർജുനൻ ഭയപ്പെട്ടു കാരണം ഞാൻ എന്നൊരു വ്യക്തി ഇപ്പോഴും തിരി നിൽക്കണുണ്ട് നിൽക്കണത് കൊണ്ട് പേടി അത് പോയി പോവോ എന്ന് പേടി വിവേകാനന്ദ സ്വാമികൾ ആദ്യമായി രാമകൃഷ്ണ പരമവംശരെ കാണാൻ പോയപ്പോ രാമകൃഷ്ണ പരമവംശര് കൈകൊണ്ടൊന്ന് തൊട്ടു ഈ ശക്തിപ്രസാരമാണ് ഒന്ന് തൊട്ടപ്പോ ലോകം മുഴുവൻ മറിഞ്ഞു പോണതായിട്ടും തന്റെ ശരീരമേ മറഞ്ഞു പോണതായിട്ടും ഒക്കെ തോന്നി അപ്പൊ നിലവിളിച്ചു അയ്യോ എനിക്ക് സഹോദരികളുണ്ട് വീട്ടിൽ അമ്മയുണ്ട് നിങ്ങൾ എന്താ ചെയ്യണത് അപ്പൊ ശ്രീരാമകൃഷ്ണേവൻ പറഞ്ഞു തൽക്കാലം ഇത്രയും മതി പൂർണ്ണമായി പക്കുവായിട്ടില്ലേ അതുകൊണ്ടായി നിലവിളിച്ചത് ഇനിയും കുറച്ച് ജീവഭാവനയുണ്ട് പേടിയുണ്ട് ഞാൻ പോയി പോകുമോന്നൊരു പേടി ആ പേടിയുള്ളതുകൊണ്ടാണ് കാലപുരുഷന്റെ ദർശനം ഏർപ്പെടുമ്പോ പേടിയുണ്ടാവണത് അപ്പൊ ഇവിടെ അർജുനനും പ്രവ്യഥിതം മനോമേ ഭഗവാനെ ഞാൻ പേടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ രൂപം മറച്ചിട്ട് ശങ്കരചക്ര കഥാപാണിയായി എന്റെ മുമ്പിൽ നിൽക്കാം ഈ കാളരൂപം കണ്ടു ജാമ പേടിച്ചിരിക്കുന്നു അദൃഷ്ടപൂർവം ഘൃഷിത്ത ഭയേന ച പ്രവ്യം മനോമേ തേ ദർശയവ പ്രസീദിവാസ കിരീടിനും ഗദി ചക്രഹസ്താമി ത്ഷമഹം തഥൈവ ൂപേണ ചതുർഭു സഹസ്രബാഹോഭവ വിശ്വമൂർത്തേ ആയിരം കൈകളോടുകൂടെ നിൽക്കുന്ന ഭഗവാനെ ഇവിടെ ചതുർഭുജനായിട്ട് നിൽക്ക നാലുകൈയോടുകൂടെ നിന്നാ മതി എനിക്ക് ആ രൂപം കാണാൻ ആഗ്രഹം തോന്നുന്നു ഇങ്ങനെ പറഞ്ഞപ്പോ ഭഗവാൻ അർജുനനോട് പറഞ്ഞു ഞാൻ എത്രയോ പ്രീതിപ്പെട്ടതുകൊണ്ടാണ് തനിക്ക് ഈ കാലപുരുഷന്റെ ദർശനം തന്നത് നയാ പ്രസന്നേന ൂപം പരം ദർശിതം ആത്മയോഗാ തേജോമയം വിശ്വം അനന്തമാദ്യം യന്മേ ന ദൃഷ്ടപൂർവം നേദയജ്ഞാധ്യയനൈ നാനിയ തപ്പോോഭിരുഗ്രൈം റൂപ്യ അഹം നൃലോകെ ദ്രഷു ത്വന്യന കുരു പ്രവീരാ കരത്തിലുള്ള ഈ കാലൂപം ഇനി വരെ ആർക്കും കാണാൻ സാധ്യമല്ല പേടിക്കണ്ട സമാധാനിപ്പിക്കുക ഭഗവാൻ ഇപ്പൊ ഭയപ്പെടണ്ടാട്ടോ ൂഢാവോ ദൃഷ്ടൂപം ഘോരമേതം വ്യപേദഭീ പ്രീതമനാ പുനഃസ്വം തടേവേ രൂപമിതം പ്രപശ്യീ ഭയമൊക്കെ കളഞ്ഞിട്ട് സന്തോഷത്തോടുകൂടെ എന്റെ പൂർവരൂപം തന്നെ കാണുക മുമ്പുള്ള പോലെ തന്നെ കാണുക എന്ന് പറഞ്ഞ് ചതുർഭുജനായി നാല് കൈകളോടുകൂടെ ശംഖചക്രഗദാപാണിയായിട്ട് ഒരു ദർശനം കൊടുത്ത് പിന്നെയും പഴയ പോലെ തേരുത്തട്ടിലെ ചാട്ടയും പിടിച്ചുകൊണ്ടിരുന്നു ആ രൂപവും മറഞ്ഞു സാധാരണ മനുഷ്യരൂപത്തിൽ മുമ്പിൽ സഞ്ജയോ വാച ഇത്യർജുനം വാസുദേവസ്തോക്വാം സ്വകംരൂപം ദർശയാമാസ ഭൂയാ ആശ്വാസയാമാസ ഭീതമേനം ഭൂവാ പുനഃ സൗമ്യവപൂർ മഹാത്മാ സൗമ്യവപ്പുവായിട്ട് സൗമ്യമായ ശരീരത്തോടുകൂടെ രൂപത്തോടുകൂടെ ഭഗവാൻ ചാട്ടവാറും പിടിച്ചുകൊണ്ട് അർജുനന്റെ മുമ്പില് കുതിരയോടിച്ചുകൊണ്ട് മുമ്പിലവിടെ ഇരുന്നു അത് കണ്ടപ്പോ അർജുനന്റെ മനസ്സൊന്ന് തണുത്തു ആ ഭയങ്കരമായ രൂപമൊക്കെ മറിഞ്ഞ് സാധാരണമായ കൃഷ്ണസ്വരൂപം മുമ്പിൽ കണ്ടപ്പോ ശാന്തമായിട്ട് തന്റെ കൂടെ കളിച്ചു നടന്ന വാസുദേവൻ തന്റെ കൂടെ ഉണ്ണുകയും ഉറങ്ങുകയും രസിക്കുകയും ചെയ്ത കൃഷ്ണനെ മുമ്പിൽ കണ്ടപ്പോ മനസ്സ് ശാന്തമായി ദൃഷ്ടിവേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇതാനമസ്മി സംവൃത്തേനുപ്യത എന്റെ പ്രകൃതിയിലേക്ക് വന്നിരിക്കണു ഇത്രയും നേരം ആടിപ്പോയിളകിപ്പോയി അർജുനൻ തന്നെ പേടിച്ചുപോയി അർജുനൻ പറയണത് ഈ മനുഷ്യരൂപം കണ്ടിട്ട് ഹേ ഭഗവാനേ ഇതാനീമസ്മി സംവൃത്ത സചേതാഹ പ്രകൃതി സാധാരണ തലത്തിലേക്ക് വന്നിരിക്കണു ഭഗവാൻ പറഞ്ഞു അർജുന ഇതുവരെ ആർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല ഇത്തരത്തില് കാലപുരുഷന്റെ ദർശനം ശ്രീഭഗവാൻ ഉച സുദുർദർശമിതം രൂപം ദൃഷ്ടമാനസി യന്മമ ദേവാ അപ്യസൂപേ നിത്യം ദർശനകാംക്ഷിണ ദേവന്മാരു പോലും എന്റെ ഈ രൂപം കാണാൻ ആശിക്കുന്നു കാലപുരുഷന്റെ രൂപം അവർക്ക് കിട്ടിയിട്ടില്ല ഈ കാലപുരുഷന്റെ രൂപം ആർക്കും കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ അർജുനനെ പോലെ പക്വമായ ആൾക്കെ കാണാനൊക്കും എപ്പോഴാണോ ഒരു മനുഷ്യൻ കാലപുരുഷനെ ദർശിക്കുന്നത് അതോടുകൂടെ തന്റെ ജീവിതത്തിലെ പുറമേക്കുള്ള വ്യവഹാരമൊക്കെ അനിത്യമാണ് അസുഖമാണെന്ന് തോന്നിയിട്ട് ആത്മതത്വം ദൃഢമാക്കാനായി ശ്രമിച്ചു അങ്ങനെയായാൽ ദേവന്മാരുടെ ദേവത്വമൊക്കെ പോയിപ്പോവും അതുകൊണ്ട് ദേവന്മാർക്ക് പോലും ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് ദേവാ അപ്യസൂസ്യ നിത്യം ദർശന കാക്ഷണ ഈ രൂപം കാണാൻ ദേവന്മാർ കാത്തുകൊണ്ടിരിക്കുന്നു നാഹം വേദേ ന തപസ ന ദാനേന ചേയാ ശക്േവംവിധോ ദ്രഷ്ടം ദൃഷ്ടവാനസി മാം യഥാ താൻ കണ്ട പോലെ എന്നെ കൊണ്ടോ യജ്ഞം കൊണ്ടോ തപസ്സുകൊണ്ടോ യാഗം കൊണ്ടോ കാണാനൊക്കെയില്ല പിന്നെ എങ്ങനെ കാണാൻ സാധിക്കും എന്ന് വെച്ചാൽ അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് ഭക്യാ ശക് അഹമേപം വിധോ അർജുനം ജാത്തും ദ്രഷ്ടം ചേന പ്രവേഷ്ടം ചരന്തപം ഹേ അർജുന ഭക്തിയാ അനന്യയാക്യ അനന്യഭക്തി കൊണ്ട് എന്നെ കാണാൻ സാധിക്കും അനന്യമായ ഭക്തി കൊണ്ട് അല്ലാതെ വേറെ വഴിക്ക് സാധ്യമല്ല എന്നർത്ഥം അനന്യഭക്തി എന്ന് വെച്ചാൽ അന്യം ഇല്ല എന്നുള്ള അറിവോടുകൂടിയുള്ള ഭജനം ഈശ്വരൻ വേറെ ഒരു വസ്തു വാസ്തവത്തിൽ ഇല്ല എന്നുള്ള ഉറപ്പോടുകൂടിയുള്ള ധ്യാനം അതാണ് അനന്യഭക്തി അനന്യഭക്തി ആര് പരിശീലിക്കണമോ ഇനി അനന്യഭക്തി അല്ല അല്പമൊരു പ്രാകൃത ഭക്തിയാണെങ്കിലും ഒരു വിഗ്രഹത്തിൽ മാത്രമാണ് ഭഗവാനെ ഭജിക്കണതെങ്കിലും സിൻസിയറാണെങ്കിൽ പതുക്കെ ഭഗവാൻ അനന്യഭക്തിയിലേക്ക് കൊണ്ടുപോകും ഭാഗവതത്തില് നമ്മൾ അന്ന് പറഞ്ഞുവല്ലോ അർച്ചനാ വിഗ്രഹത്തിലൊരു ഭക്തി ക്രമേണ ഭക്തി ഇതുപോലെ ഭാഗവതം കേൾക്കാനും കഥകൾ കേൾക്കാനും ധ്യാനിക്കാനും ഒക്കെ ഉള്ളൊരു രുചിയായിട്ട് മാറും അവസാനം ആ ഭക്തി തന്നെ സർവഭൂതങ്ങളിലും ഭഗവാനെ കാണിച്ചു തരും അതുകൊണ്ട് ഭക്തിക്ക് അനേക പടികളുണ്ട് അവിടെ ഭഗവാൻ പറഞ്ഞു അനന്യഭക്തി ീശ്വരനല്ലാതെ വേറെ ഒന്നിനും ജീവിതത്തിൽ പ്രാമുഖ്യം കൊടുക്കണില്ല ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ജോലിയെടുക്കും പണം സമ്പാദിക്കും ഭക്തനും ഒക്കെ ചെയ്യും പക്ഷെ അതൊക്കെ സെക്കൻഡറി അതൊക്കെ ജീവിക്കാൻ വേണ്ടി മാത്രം ജീവിക്കാൻ വേണ്ടി മാത്രം അല്ലാതെ അതൊന്നും മുഖ്യം എന്ന് കരുതുന്നില്ല ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പണിയെടുക്കണം ഊണ് കഴിക്കണം ശരീരം നിലനിർത്താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതിനുവേണ്ടി പണിയെടുക്കണം ചിലപ്പോൾ അതും പോലും വിട്ടുപോകും അത്ര കണ്ട് ഭഗവാനോട് ഏകാഗ്രപ്പെടുമ്പോ മനസ്സ് ബാക്കി ഒന്നിനും രുചിയില്ല ഭഗവാനല്ലാതെ ഒന്നുമില്ല ചിലപ്പോ ഈ അനുഭൂതി വരുമ്പോ സർവവും ഈശ്വരനായിട്ട് കാണുമ്പോ ചിലപ്പോ പുറമേക്കുള്ള കർമ്മങ്ങളും വിട്ടുപോയിന്ന് വരും സിഖ് മതക്കാരുടെ ഗുരു ഗുരുനാനാക്ക് അദ്ദേഹത്തിന് പലചരക്ക് കടയായിരുന്നു പലചരക്ക് കടയിലേ അരിയും ഗോതമ്പും ഒക്കെ ഇങ്ങനെ ആളുകൾ വരുമ്പോ അളന്നു കൊടുക്കാറ് ഇദ്ദേഹത്തോടൊപ്പം വീട്ടിലിരുന്ന് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ജപിക്കും ധ്യാനിക്കും ഭഗവാനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും പാട്ടുപാടും ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ ജോലിയും ചെയ്യും പലചരക്ക് കടലും അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആർക്കോ ഗോതമ്പെങ്ങനെ അളന്നുവിട്ടുകൊടുത്തുകൊണ്ടിരിക്കുക അപ്പോ എക് ദോ തീൻ ചാർ പഞ്ച് സാത്ത് ആട്ട് നൗ ദസ് പന്ത്രണ്ട് പേര് പറഞ്ഞു എന്നിട്ട് തേര എന്ന് പറഞ്ഞു പതിമൂന്ന് എന്നുള്ളത് തേര എന്ന് തേരാ എന്ന് പറഞ്ഞതും ഹിന്ദിയിൽ വേറെ ഒരർത്ഥം എല്ലാം അവിടുത്തെ ആണ് എന്റെ ഒന്നുമില്ല ഭഗവാനെ എല്ലാ അങ്ങയുടെ ആണ് എന്നുള്ളത് ഓർമ്മ വന്നു ഓർമ്മ വന്നതോടുകൂടെ തേരാ തേരാ തേരാ എന്ന് പറഞ്ഞിട്ട് നർത്തനം ചെയ്യാൻ തുടങ്ങി ആടാനും പാടാനും തുള്ളാനും തുടങ്ങി ബോധം കെട്ടു വീണു വിശ്വരൂപ ദർശനം ഉണ്ടായി എന്നാണ് നാനാക്കന് ഈ തേരാ എന്ന് പറഞ്ഞപ്പോ ആ ഒരു പദം ഉള്ളിൽ എവിടെയോ പോയി എന്തോ അനുഭൂതിയെ ഉണർത്തി ജഗത്ത് മുഴുവൻ ഭഗവാന്റെയാണ് ഭഗവത് സ്വരൂപമാണ് എന്ന് കണ്ടുവത്രേ സർവചരാചരങ്ങളും ഭഗവത് സ്വരൂപമാണെന്ന് കണ്ടുവെന്ന് തേരാ എന്ന് പറഞ്ഞതും അവിടെ എത്തിയപ്പോ ചരാചരങ്ങൾ മുഴുവൻ ഈശ്വരസ്വരൂപമായി ഈശാവാസ്യമിതം വിശ്വം ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് ജഗത്തിലെ ജഗത്തായിട്ടൊന്നുമില്ല അർത്ഥം ജഗത്തിൽ ജഗത്തായിട്ടൊന്നുമില്ല എന്ന് വെച്ചാൽ രാഗദ്വേഷത്തോടുകൂടെ ഒന്നുമില്ല എന്നാൽ ഈശ്വരനായി രാഗദ്വേഷം എടുത്തു കളഞ്ഞാൽ ജഗത്ത് പോയി രാഗദ്വേഷം ഉണ്ടോ ജഗത്തുണ്ട് രാഗദ്വേഷം എവിടെ കൊണ്ടോ അവിടെ എത്ര പൂജ ചെയ്താലും ഈശ്വരനില്ല രാഗദ്വേഷം എവിടെയില്ലയോ അവിടെ ഒരു പൂജയും ചെയ്തിട്ടില്ലെങ്കിലും ഈശ്വരനുണ്ട് ശാന്തി ഉണ്ട് ഭഗവാനുണ്ട് അപ്പോ സർവചരാചരങ്ങളും നാനാക്കന് ഭഗവത് സ്വരൂപമായി കണ്ടു എന്നാണ് അവർ ഇങ്ങനെ ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമായി കാണുന്ന ഭക്തി ഇതിനെ ഭാഗവതത്തിലെ നാരദ മഹർഷി യുധിഷ്ഠിരന് ഉപദേശിക്കുമ്പോ അദ്വൈതത്രയം എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് അദ്വൈതത്രയം അതായത് ഭാവാദ്വൈതം ക്രിയാദ്വൈതം ദ്രവ്യാദ്വൈതം എന്ന് പറഞ്ഞ് മൂന്ന് അദ്വൈതമായിട്ട് ഉപദേശിക്കും ഭാവാദ്വൈതം എന്താന്ന് വെച്ചാൽ ഒരു നൂലില് മുണ്ടില് നൂല് പോലെ മുണ്ടില് നൂല് ജഗത്തിൽ ഈ മുണ്ടിൽ നൂലല്ലാതെ ഒന്നുമില്ല വാസ്തവത്തിൽ ഒരു മുണ്ടിലെന്താ ഉള്ളത് നൂലേ ഉള്ളൂ പക്ഷെ നൂലുകൾ കൂട്ടിവെച്ചിട്ട് ഒരു മുണ്ടായിട്ട് തോന്നുന്നു അതുപോലെ ജഗത്തിൽ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു ഈശ്വരനെ എടുത്താൽ ജഗത്തില്ല ഈശ്വരൻ തന്നെയാണ് സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും മൈക്കായിട്ടും വാച്ചായിട്ടും പുസ്തകമായിട്ടും ഫാനായിട്ടും ഇവിടെയുള്ള സ്പേസും ടൈമും ഒക്കെ ആയിട്ട് ഈശ്വരൻ തന്നെ നിൽക്കണു എന്ന് സർവത്ര വ്യാപിച്ചു നിൽക്കുന്നതായി ആ ശിവനെയും ആ പരമാത്മാവിനെ ആ കൃഷ്ണനെ കാണുക ഇതാണ് ഭക്തി ഭാവാദ്വൈതം ക്രിയാദ്വൈതം എന്താന്ന് വെച്ചാൽ ഒരു കർമ്മവും ഞാൻ ചെയ്യണമെന്നുള്ള ഭാവമില്ലാതിരിക്കുക കർത്തൃത്വമൊക്കെ ഭഗവാൻ തേരാം എല്ലാം അവിടുത്തെ ആകും എന്റേതൊന്നുമില്ല എനിക്കൊന്നും അപ്പോ സ്വതന്ത്രമായി കർമ്മത്തിനെ ഭഗവാൻ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ നമ്മൾ ഗൃഹസ്ഥാശ്രമമല്ല ലോകത്തിന് മുഴുവൻ ഭരിക്കണ ഒരാശ്രമത്തിൽ ഇരുന്നാലും കുഴപ്പമുണ്ടാവില്ല കർമ്മത്തിനെ സർവധർമാൻ പരിത്യജ്യം ആമേകം ശരണം വ്രജ എവിടെ ഇരുന്നാലും സന്തോഷം നമ്മൾക്കൊന്നും ഒന്നുമില്ല നമ്മളൊക്കെ കൊച്ചുകുട്ടികളാണ് അതൊന്നും രാമദാസ്വാമികൾ ആദ്യം കയ്യിലൊരഞ്ച് പൈസ എടുക്കാതെ ഭിക്ഷാന്ദേഹിയായിട്ട് നടന്നു കാഞ്ഞങ്ങാട് രാമദാസ്വാമി കയ്യിലൊന്നും എടുക്കാതെ വിക്ഷാന്ദേഹിയായിട്ട് രാമനാമം ജപിച്ചു നടന്നു പിന്നാലെ പിൽക്കാലത്ത് ആശ്രമമൊക്കെ വന്നു ആശ്രമത്തിന്റെ പേരിൽ വലിയൊരു തുണിമില്ലൊക്കെ വന്നു കുറച്ചു ദിവസം ആ തുണിമില്ലൊക്കെ നടന്നു അപ്പൊ ആളുകൾ ആശ്ചര്യപ്പെട്ടിരുന്നു ഇദ്ദേഹം ഒന്നുമില്ലാതെ നടന്ന ആൾ പിന്നെ ഈ തുണിമില്ലുവൊക്കെ വന്നുവല്ലോ ആശ്രമത്തിന്റെ പേരിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആ തുണിമില്ല ഒരു ദിവസം തീ പിടിച്ചു തീ പിടിച്ചപ്പോ ഒരാൾ ഓടി പറഞ്ഞു സ്വാമി മില്ലൊക്കെ തീ പിടിക്കുന്നു തീ കത്തി എരിയാണ് മില്ലില്ലെന്ന് സ്വാമി മുറിയിലിരിക്കായിരുന്നു ഓടി വന്നു അത്ര മുറിന് പുറത്തേക്ക് ഓടി വന്നിട്ട് ആ തീ കത്തി എരിയണത് കണ്ട് നിന്ന് തുള്ളാൻ തുടങ്ങിയതാണ് എല്ലാരെയും വന്നിട്ട് ഇതുപോലൊരു സീൻ നമുക്ക് ഇനി കാണാൻ പറ്റില്ല എല്ലാരും വരുമെന്ന് ഇങ്ങനെ തീ കത്തി എരിയണത് നമുക്ക് കാണാൻ ഒരു ഭാഗ്യം ഇനി കിട്ടില്ല വരിക ഭഗവാൻ ഇതാ അഗ്നിയുടെ രൂപത്തിൽ ഇതൊക്കെ വിഴുങ്ങിക്കൊണ്ട് അങ്ങനെ നിൽക്കണമെന്ന് ഒട്ടും അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ ഒന്നും നിലനിർത്തണമെന്നോ തന്റെ വസ്തുക്കൾ പോകണമെന്നോ ഒന്നുമില്ലെങ്കിൽ എന്ത് കത്തിയാൽ എന്തായി എവിടെ പോയാൽ എന്തെങ്കിലും വിഷമം ഉണ്ടാവോ ഒട്ടും വിഷമല്ല ഒട്ടുമേ വിഷമല്ല ഭഗവാൻ തരുണു ഭഗവാൻ തന്നെ എടുത്തോണ്ട് പോകും മഹാബലിക്ക് സർവസ്വവും പറിച്ചു പ്രഹ്ലാദൻ ഈ മഹാബലിയുടെ ഭാര്യ വിന്ധ്യാവലി നമുക്കൊക്കെ തോന്നുന്നു മഹാബലിക്ക് കൊടുത്തു പക്ഷെ വിന്ധ്യാവലി എന്തെങ്കിലും വിഷമിച്ചോ ചിലപ്പോഴൊക്കെ ചില ഭാര്യമാര് ഭർത്താക്കന്മാർ കൊടുത്താൽ പോര് അവർ അങ്ങോട്ട് പോയിട്ട് പ്രവൃപയും അങ്ങനെയുണ്ടല്ലേ പക്ഷെ വിന്ധ്യാവലി മഹാവലി എല്ലാം കൊടുക്കുമ്പോൾ വിന്ധ്യാവലി പറയണത് ഭഗവാനെ ഈ ചകത്തു മുഴുവൻ അവിടുത്തെ അവിടുന്ന് തന്നെ എല്ലാം കൊടുക്കണു അവിടുന്ന് തന്നെ തിരിച്ചെടുക്കണു ഇവിടെ ആരുടെ വസ്തുക്കൾ അങ്ങേടെയാണ് തന്റേത് എന്ന് കാണുന്നത് ദ്രവ്യാദ്വൈതം കർമ്മം ഞാനൊന്നും ചെയ്യണില്ല എന്നുള്ളത് ക്രിയാദ്വൈതം ദ്രവ്യങ്ങളൊന്നും തന്റേതില്ല ശരീരം തന്റേതല്ല ശരീരം ഞാനല്ല ശരീരം എന്റെ അല്ല ശരീരം എനിക്ക് വേണ്ടിയുമല്ല ദ്രവ്യാദ്വൈതം ഇത് മൂന്നും അങ്ങോട്ട് ഉറച്ചു കിട്ടിയാൽ പരമാനന്ദം വിഷമ ഇതൊക്കെ നമുക്ക് സാധിക്കുമോ എന്ന് ചിലപ്പോ നിങ്ങൾ ചോദിക്കും സാധിക്കുകയോ സാധിക്കില്ലയോ എനിക്കറിയില്ല സാധിച്ചാൽ ആനന്ദം സാധിച്ചില്ലെങ്കിൽ കഷ്ടപ്പെട്ടോളൂ അതൊരു നിയമമാണത് യാതൊരു വേറെ യാതൊരു പൂർണ്ണമായ ശാന്തി സാധ്യമല്ല സാധിക്കോ സാധിക്കില്ലയോ എന്നുള്ളതൊക്കെ കാര്യം വേറെ പതുക്കെ ഈ രാഗദ്വേഷം ഉള്ളെന്ന് എടുത്തു മാറ്റിയാൽ പതുക്കെ മതി വീട്ടിൽ തുടങ്ങിയാൽ മതി ലോകസേവയൊന്നും ചെയ്യാൻ പോണ്ട സോഷ്യൽ ആദ്യം വീട്ടിലടുത്തുള്ളവരുടെ അടുത്ത് തുടങ്ങിയാൽ മതി അടുത്തുള്ളവരോടുള്ള വെറുപ്പും പ്രത്യേകിച്ചുള്ള ആസക്തിയുമൊക്കെ എടുത്തു മാറ്റിയാൽ ഒന്ന് ക്ലീൻ ചെയ്താൽ മനസ്സിന് ശാന്തി നമുക്കും സമാധാനം അവർക്കും സമാധാനം അതുവേ സാധിച്ചിട്ടില്ലെങ്കിൽ സമാധാനം എങ്ങനെ കിട്ടും പിന്നെ സമാധാനം നമുക്ക് കിട്ടി എന്നുള്ളതും നമുക്ക് ഉറപ്പ് വേണം നമുക്ക് ഉറപ്പ് വന്നാൽ മതി നാട്ടുകാരെ ഒന്നും ബോധിപ്പിക്കേണ്ട നാട്ടുകാരെ ഒന്നും ബോധിപ്പിക്കേണ്ട നമുക്ക് ഉറപ്പ് വന്നാൽ മതി ഈ നാട്ടുകാരും ഒരു വിഷമാണ് അവരെന്ത് പറയും ഇവരെന്ത് പറയും അതും എടുത്തു കളയണമുള്ളത് ലോകവാസനാങ്ങൾ അതും എടുത്തു കളയണം പതുക്കെ സമാധാനം പതുക്കെ കൊണ്ടുവരിക നമുക്ക് ഉറപ്പ് വരണം നമുക്ക് ശാന്തിയുണ്ട് ശാന്തി നമുക്ക് കിട്ടി ഉറപ്പ് വന്നാൽ വലിയൊരു ശ്യമന്തകമണി കിട്ടിയ പോലെയാ ചിന്താമണി കിട്ടിയ പോലെയാ ഇനി നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് കുപ്പിച്ചില്ലിനു വേണ്ടി ഇത് വിൽക്കരുത് ആരെങ്കിലും കുപ്പിച്ചില്ലിനു വേണ്ടി ചിന്താമണി വിൽക്കോ അതുപോലെ കുപ്പിച്ചില്ലിനു വേണ്ടി വിൽക്കരുതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ സുഖത്തിനു വേണ്ടി ഈ ശാന്തിയെ നഷ്ടപ്പെടുത്തി കളയരുത് കോട്ട കെട്ടി രക്ഷിക്കണം സർവതോ ഭദ്രമാക്കണം അതിനെ ആ ശാന്തി അതെങ്ങനെ ചെയ്യും അത് ഓരോരുത്തരെ അവരവർ കണ്ടുപിടിച്ചോളൂ നിങ്ങൾക്കൊക്കെ ഓരോ വിളക്ക് തരികയാണ് ഇപ്പൊ ഭഗവത്ഗീത കഴിഞ്ഞു പോകുമ്പോൾ ഓരോരുത്തരും ഓരോ വിളക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ തീ കൊളുത്തി തരാണ് ഇനി ആ വിളക്ക് കെട്ടുപോവാതെ സൂക്ഷിക്കുന്നത് എവിടെ വെക്കണമെന്നോ എവിടെ വെച്ചാൽ കാറ്റ് വരില്ല എന്നുള്ളതോ എങ്ങനെ ജനലടയ്ക്കണം എന്നുള്ളതോ എണ്ണ എങ്ങനെ ഒഴിച്ചു അതൊക്കെ ചുമതല അപ്പോ ഇതാണ് ഭഗവാൻ ഇവിടെ ചെയ്തത് നമ്മളുടെയൊക്കെ ഹൃദയമാവുന്ന തിരിയിൽ വിളക്ക് കൊളുത്തി തമിഴിൽ ഒഴിവിലൊടുക്കം എന്നൊരു കൃതിയുണ്ടേ കണ്ണുടയ വള്ളലാർ എന്ന് പറഞ്ഞ ഒരു തീവ്ര വേദാന്തി അദ്ദേഹം പറയും ഗുരുവിൽ നിന്നും ഈ സത്യം അറിയണം ഈ സത്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ ജീവിതം എന്തിനു കൊള്ളും ചെറിയൊരു ഭക്തി ചെയ്ത ആളാണോ വലിയ ജ്ഞാനിയായത് ഈ കണ്ണുടയ വള്ളലാറുടെ കഥ വ്യാപാരി കുടുംബമാണ് അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഷീർകാഴിയിലാണ് ജനിച്ചത് ശീറുകാഴിയില് തിരുജ്ഞാനസംബന്ധർ ശിവഭക്തന്മാരിൽ ചെറിയ കുട്ടിയാണ് അദ്ദേഹം നാല് ഭക്തന്മാരിൽ ഏറ്റവും പ്രധാനനാണ് ജ്ഞാനസംബന്ധർ തിരിജ്ഞാനസംബന്ധർ ജനിച്ചതും വളർന്നതും ഒക്കെ ശീരികാഴിയിലാണ് അതുകൊണ്ട് ശീരികാഴി ശിവക്ഷേത്രത്തിലെ ജ്ഞാനസംബന്ധരുടെ ഒരു വിഗ്രഹം മുമ്പിൽ വെച്ചിട്ടുണ്ടാവും അപ്പൊ ഈ കണ്ണുടേ വള്ളലാർ ഒരു വ്യാപാരി കുടുംബത്തിൽ ജനിച്ചു അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ദിവസവും എല്ലാ കുട്ടികളെയും പോലെ ശിവങ്കോവിലും കളിക്കാനായിട്ട് പോകും ഓടി തൂണിന്റെ പുറകിലൊക്കെ ഓടി കളിക്കുമ്പോൾ ഒരാൾ കർപ്പൂരവും കൊണ്ട് അമ്പലത്തിലേക്ക് വരുന്നതുമുണ്ട് കർപ്പൂരവും അമ്പലത്തിലേക്ക് വന്നു ആദ്യം ജ്ഞാനസംബന്ധരുടെ വിഗ്രഹത്തിന് മുമ്പിൽ കർപ്പൂരം കൊളുത്തി എന്നിട്ട് അമ്പലത്തിൽ ഉള്ളിൽ പോയി ഓരോ മൂർത്തിയുടെ മുമ്പിലും കർപ്പൂരം കൊളുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു കർപ്പൂരം ബാക്കിയുണ്ട് ഇതിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല അപ്പോൾ അത് വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ജ്ഞാനസംബന്ധരുടെ മുമ്പിൽ കൊളുത്തിട്ട് പോയി ഈ ചെറിയ കുട്ടി ഇത് കണ്ടുകൊണ്ടിരുന്ന കുട്ടി വിചാരിച്ചു ഓ ഇതാണ് ഏറ്റവും വലിയ സ്വാമി എന്താണെന്ന് വെച്ചാൽ ഈ സ്വാമിക്ക് മാത്രം രണ്ടു പ്രാവശ്യം കർപ്പൂരം കൊളുത്തി അന്നു മുതൽ ജ്ഞാനസംബന്ധരെ തനിക്ക് ഇഷ്ടദൈവമായി വെച്ചുകൊണ്ടാണ് ഈ കുട്ടി ജീവിതം മുഴുവൻ ആ ജ്ഞാനസംബന്ധരോട് തനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ജ്ഞാനസംബന്ധരോട് പോയി പറയാം തനിക്കെന്തെങ്കിലും ദുഃഖം വന്നാൽ ജ്ഞാനസംബന്ധരോട് പോയി പറയാം വീട്ടിലെന്തെങ്കിലും വിഷമം വന്നാൽ പറയാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ജ്ഞാനസംബന്ധർ ക്രമേണ ഉള്ളില് ഒരു ഈശ്വരനെ പോലെ ശിവൻ പോലും മുഖ്യമല്ല ജ്ഞാനസംബന്ധർ മുഖ്യമായി അങ്ങനെ ജ്ഞാനസംബന്ധരെ ഭജിച്ച് ഭജിച്ച് ഈ കുട്ടി വലുതായപ്പോ വലിയ രത്നവ്യാപാരിയോ മറ്റോ ആയി പണക്കാരൻ എന്നാലും ദിവസം അവിടെ ഉള്ളപ്പോഴൊക്കെ ഈ അമ്പലത്തിൽ വന്ന് മൂർത്തിയെ ദർശിക്കും ഭഗവാനെ ദർശിച്ചിട്ട് പോകും അങ്ങനെ ഒരു ദിവസം അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് തിരിച്ചു പോകുമ്പോൾ വലിയ മഴ ഘോരമായി മഴ വീണു അപ്പൊ ദിവസം കൂലിക്കാരൻ വേലക്കാരൻ വീട്ടിൽ നിന്ന് ചൂട്ടും കൊടയുമായിട്ട് വരും കൂട്ടിക്കൊണ്ടുപോകാൻ ഇദ്ദേഹം അമ്പലത്തിൽ നിന്ന് ജപിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ കൂട്ടിക്കൊണ്ടുപോകാൻ വരും അപ്പൊ അന്നത്തെ ദിവസം വേലക്കാരന് വരാൻ സാധിക്കില്ല എന്ന് ഉറപ്പാണ് അത്ര ഘോരമായ മഴ ഇടിവെട്ടണു സഹത വെള്ളം നിറഞ്ഞിരിക്കുക അങ്ങനെയിരിക്കുമ്പോൾ ഇദ്ദേഹം പോവാനായി വീട്ടിലേക്ക് വഴി കാണാത്ത അമ്പലത്തിൽ നിൽക്കുമ്പോ കൂലിക്കാരൻ പതിവ് പോലെ ചൂട്ടും കൊടയായിട്ട് വരണു ചൂട്ടും കൊടയായിട്ട് വന്നു കൂട്ടിക്കൊണ്ടുപോയി പോണ വഴിയിലൊക്കെ ഇദ്ദേഹം വിചാരിച്ചു ഇങ്ങനെ എങ്ങനെ ഈ ചൂട്ടൊന്നും നനയാതെ ഈ മഴയത്ത് എങ്ങനെ തന്നെ വന്നു ആവോ എന്ന് വിചാരിച്ചത് എന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെത്തിയപ്പോ ചോദിക്കാം വീട്ടിലെത്തിയിട്ട് ചോദിക്കാം വിചാരിച്ചതാണ് വീട്ടിലെത്തിയപ്പോ വേലക്കാരൻ അപ്പോഴാണ് വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ തിരിഞ്ഞു നോക്കിയപ്പോ തന്റെ കൂടെ വന്ന ആളില്ല വേലക്കാരനോട് പറഞ്ഞു നീയല്ലേ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് വേലക്കാരൻ പറഞ്ഞു അയ്യോ ഞാൻ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല അദ്ദേഹത്തിന് അപ്പൊ തോന്നിയത് തന്റെ ഗുരുവും ഇഷ്ടദൈവവുമായ ജ്ഞാനസംബന്ധരും തനിക്ക് ദീപം കാണിച്ച് തന്നു വീട്ടിൽ കൊണ്ടാക്കിയിരുന്നു ആ മഴയത്ത് അപ്പോ അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെ ഭഗവാൻ കാത്തുരക്ഷിക്കാനുള്ളപ്പോ ഇനി ഞാൻ എന്തിനീ ലോകത്തിൽ കിടന്ന് വട്ടത്തിരിയണം ഇങ്ങനെ സർവേശ്വരൻ യോഗക്ഷേമം വഹിക്കാൻ ഒരു മഴയത്തൊരമ്പലത്തിൽ പെട്ടുപോയ എന്നെ വിളക്ക് കാണിച്ച് തന്നു കൂടെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലാക്കാമെങ്കിൽ ഈ ലോകത്തിൽ ഇനി എന്ത് നേടിയെടുക്കാനാ പോട്ടെ എന്ന് ജ്ഞാനസംബന്ധരിങ്ങനെ ശിവനെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ വിഗ്രഹത്തിനെ സ്തുതിച്ചു പാടി അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ വളരെ ഫയർ ബ്രാൻഡാണ് അദ്ദേഹം ഒരിടത്ത് പറയണു രണ്ട് പണക്കാരു കൂടെ ഈ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് ചർച്ച ചെയ്യാണ് കണ്ണുടേ വള്ളലാറിന്റെ രണ്ട് പണക്കാര് ചർച്ച ചെയ്യാൻ ഒരു പണക്കാരൻ ഒരു സാധാരണ ആള് ഈ പണക്കാരൻ പറഞ്ഞു എനിക്ക് വേണ്ടതൊക്കെ ധാരാളം പൈസ കിട്ടി മകളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു വീടൊക്കെ കെട്ടി എനിക്കൊക്കെ ആയി നേടേണ്ടതൊക്കെ നേടി മറ്റേ ആള് പറയണോ നീ ഭാഗ്യവാൻ ഒക്കെ കിട്ടേണ്ടതൊക്കെ കിട്ടി ഞാനാണിവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇനി ഒന്നും ആയിട്ടില്ല പണമൊക്കെ നഷ്ടം ഇനിയും മകൾക്ക് കല്യാണവും ആയിട്ടില്ല ഇങ്ങനെ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കണം രണ്ടുപേരിൽ ആരാണ് കേമൻ ഒരാൾ പറഞ്ഞു എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിരുന്നു പണം സമ്പാദിച്ചതുകൊണ്ട് വേറെ ഒരാൾ പറഞ്ഞു എനിക്ക് പണം സമ്പാദിക്കാത്തതുകൊണ്ടും ഒന്നും കിട്ടിയില്ല രണ്ടുപേരെയും വെച്ചുകൊണ്ട് കണ്ണുടേ വള്ളലാർ പറയണോ രണ്ടുപേര് ായിയുടെ മേലെ സവാരി ചെയ്യാൻ പഠിച്ചു അത്ര വലിയൊരു നായിനെ പിടിച്ചിട്ട് നായിയുടെ മേലെ കയറി സവാരി ചെയ്യാം ഓടിക്കാം അപ്പോ ഇവിടുന്ന് കുറച്ചു ദൂരം പോണം അപ്പൊ അതിലൊരാള് നായിയുടെ മേലെ ഓരോ സ്റ്റെപ്പിലും വീഴണു വീണ് വീണ് പിന്നെയും നായുടെ കയറും പിന്നെയും വീഴും വേറെ ഒരാള് നായിയുടെ വീഴാതെ യാത്ര ചെയ്ത് ലക്ഷ്യത്തിലെത്തി അപ്പൊ ഇതിൽ ആരാ കേമൻ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു നായുടെ മേലെ കയറുന്നതിനേക്കാളും ഒരു മോശത്തരം വരൊന്നുമില്ല ഇനിയിപ്പൊ നായുടെ മേലെ കയറിയിട്ട് വീണാൽ എന്താ ലക്ഷ്യത്തിലെത്തിയാ രണ്ടും സമം അദ്ദേഹം പറയണത് ഈശ്വരനെ അറിയാതെ ഭഗവാനെ പിടിക്കാതെ ഈ ലോകത്തിലുള്ള കേമത്തരവും തോൽവിയും പരാജയവും വിജയവും ഒക്കെ തന്നെ ഈ നായുടെ കയറണ പോലെയാണ് അതിൽ ജയിച്ചിട്ട് എന്ത് വേണം തോറ്റിട്ട് എന്ത് വേണം രണ്ടും സമം അല്പമായ ഒരു ഭക്തി കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭഗവാൻ ദർശനം കൊടുത്ത് അദ്വൈത ജ്ഞാനത്തിനെ ഉണ്ടാക്കിക്കൊടുത്തു ഭക്തിയാ അനന്യ ശക്യ അഹമേവം വിധോർജ്ജുന കുട്ടിക്ക് അറിയുന്ന ഭക്തി ചെയ്തു ആ ഭക്തി ജ്ഞാനത്തിൽ കലാശിച്ചു ഒഴിവിലൊടുക്കം എന്നുള്ള പ്രസിദ്ധമായ കൃതിയാണ് അദ്ദേഹത്തിന് വേദാന്തത്തിലെ ഏറ്റവും പ്രധാനമായ കൃതികളിൽ ഒരു കൃതി തമിഴില് അദ്ദേഹത്തിന് ജ്ഞാനത്തിന് മുഴുവൻ മൂലകാരണം ലളിതമായ ഭക്തി ഭക്തിയാതും അനന്യയാശക്യാ അനന്യഭക്തി കൊണ്ട് എന്നെ ജ്ഞാതും അറിയാൻ കഴിയും ദ്രഷ്ടും കാണാൻ കഴിയും തത്വേന പ്രവേഷ്ടും ദ്വൈതം വിശിഷ്ടാദ്വൈതം അദ്വൈതം മൂന്നും ഇതിലടങ്ങി ജ്ഞാത്തും എന്ന് വെച്ചാൽ ദ്വൈതം ദ്വൈതത്തിൽ അല്പമൊന്ന് ഭഗവാനുണ്ടെന്നൊക്കെ അറിഞ്ഞു വിശിഷ്ടാദ്വൈതത്തിൽ അടുത്തുപോയി ഒന്ന് അനുഭവിച്ചു ദ്രഷ്ടു അദ്വൈതത്തിൽ നദിസമുദ്രത്തിൽ പ്രവേശിക്കണ പോലെ പ്രവേഷ്ടും നദിസമുദ്രത്തിൽ പ്രവേശിച്ച് യഥാ നദ്യ സ്യന്തമാന സമുദ്രേ അസ്തം ഗി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാ വിമുക്ത പരാത്പരം പുരുഷമുപൈ ദിവ്യം നദികളൊക്കെ സമുദ്രത്തിൽ ചെന്ന് ചേർന്ന് നാമരൂപങ്ങളൊക്കെ ഇല്ലാതാവണ പോലെ ബോധവസ്തുവിനെ അറിഞ്ഞ് തനിക്ക് നാമമോ രൂപമോ ഇല്ല അഖണ്ഡമായ ബോധം മാത്രമേ ഉള്ളൂ എന്നുള്ളത് തത്വേന പ്രവേശിട്ടും താത്വികമായുള്ള പ്രവേശനം ഭക്തി ആദ്യം ചെയ്യുമ്പോൾ ലളിതമായി എങ്ങനെയോ ഒരു ഭക്തി നമുക്ക് അറിയണ പോലെ ഭഗവാനെ ഭജിക്കണം പക്ഷേ ആ ഭജനം ക്രമേണ അജ്ഞാനത്തിനെ നീക്കി ആത്മതത്വത്തിനെ പ്രകാശിപ്പിക്കും ഭക്തിയാമാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വത തത്തോമാം തത്വത്തോ ജ്ഞാ വിശത്തെ തദനന്തരം ഭഗവാൻ ഇനിയും ഭക്തിയെക്കുറിച്ചതാണ് പറയാൻ പോണത് ഭക്തിയാമാഭിജാനാതി ഭക്തിയെ ഭക്തിയാൽ എന്നെ നല്ലവണ്ണം അറിയാം യാവാൻ യശ്ചാസ്മി ഞാൻ എത്രയുണ്ട് ഞാൻ ആരാണോ എന്നൊക്കെ ഭക്തി കൊണ്ടറിയാം ഗോപസ്ത്രീകളൊക്കെ ഇപ്പൊ കൃഷ്ണനെ അറിഞ്ഞുകൊണ്ടല്ല ഭജിച്ചത് ഭക്തി ചെയ്തു എത്രയോ അസ്വരൂപവിതോ അപലാഹ ഭഗവത് പറയുന്നു സ്വരൂപജ്ഞാനത്തോടുകൂടിയല്ല പക്ഷേ ഭജിക്കാൻ തുടങ്ങിയപ്പോ ഭഗവാൻ സ്വരൂപജ്ഞാനത്തിനെ കൊടുത്തു ഭജിക്കുമ്പോ സ്വരൂപജ്ഞാനമൊന്നുമില്ല പക്ഷെ ഭജിക്കാൻ തുടങ്ങുമ്പോ ജ്ഞാനികളോട് ഏത് ബന്ധപ്പെട്ടാലും അവർ ക്രമേണ സ്വരൂപജ്ഞാനത്തിനെ കൊടുക്കും ഭഗവാനെ ഭജിച്ചു തുടങ്ങിയപ്പോ സ്വരൂപജ്ഞാനത്തിനെ ഭഗവാൻ കൊടുത്തു നഖലു ഗോപികനോ ഭൻ അഖിലദേഹിനാം അന്തരാത്മതൃക് ഖനസാർത്ഥിത്തോ വിശ്വഗുപ്തയെ സഖൌദേവാൻ സാത്വതാംകുലേ ഗോപികകൾ തന്നെ പറയണു നഖലു ഗോപികാനന്ദനോ ഭവാൻ ഭഗവാനെ അവിടുന്ന് വെറും ഒരു ഗോപികയുടെ പുത്രനല്ല അഖിലദേഹിനാം അന്തരാത്മതൃക് എല്ലാ ദേഹികളുടെയും ഉള്ളിലെ അന്തരാത്മാവായി സാക്ഷിയായി വർത്തിക്കുന്ന ആനന്ദസ്വരൂപനാണ് അവിടുന്ന് ഇതറിഞ്ഞു അവര് എങ്ങനെ അറിഞ്ഞു വെച്ചാൽ ഭഗവാന്റെ കൃപ കൊണ്ടറിഞ്ഞു ത്വദത്തയാവയുനയേതം അവിടുത്തെ അവിടുന്ന് തന്നെ തന്നതുകൊണ്ട് ജ്ഞാനം കൊണ്ട് അറിഞ്ഞു സുപ്ത പ്രബുദ്ധിവ നാഥഭവത് പ്രപന്ന ധ്രുവനും പറയുന്നുണ്ട് ഭഗവാൻ കൊടുക്കുന്ന ജ്ഞാനം കൊണ്ട് തന്നെ ഭഗവാനെ അറിയാം ഇപ്പൊ ഭക്തിയാ അനന്യയാ അഹമേവം വിതോർജുന ജ്ഞാത്തും ദ്രഷ്ടും ചത്വേന പ്രവേഷ്ടും ചരന്തപ അപ്പൊ എന്താണ് ഭക്തി അതാണവിടെ അവസാന ശ്ലോകത്തിൽ ഭഗവാൻ പറയണത് മത്കർമ്മകൃത് മത് പരമ മത്ഭക്ത സംഗവർജിത നിർവൈര സർവഭൂതേഷു യമേതി പാണ്ഡവ എല്ലാത്തിന്റെയും എസൻസാണ് മത്കർമ്മകൃത് എന്ന് വെച്ചാൽ കർമ്മമൊക്കെ തന്നെ ഇനി ഭഗവാനു വേണ്ടി അജ്ഞാനികൾ കർമ്മം ചെയ്യുന്നത് അവനവനു വേണ്ടി മാത്രം എനിക്ക് കിട്ടണം എനിക്ക് സുഖിക്കണം എന്റെ കുടുംബം ഞാൻ എന്റെ കുടുംബം പോലും ഉണ്ടാവില്ലേ ചുരുങ്ങി ചുരുങ്ങി വന്നിട്ട് ഞാൻ മാത്രം തപോവനസ്വാമികൾ പറയുന്നുണ്ട് അദ്ദേഹം ഉത്തരകാശിയിൽ ഗംഗാതീരത്തിൽ വസിക്കുമ്പോ ഫ്ല ഗംഗ പൊന്തി വെള്ളം വെള്ളം പൊന്തി പൊന്തി വരുമ്പോൾ ഇദ്ദേഹം ഇരിക്കണത് ഉയർന്ന ഒരു കുന്നിലാണ് ഇപ്പൊ ചുവട്ടില് മുഴുവൻ വെള്ളം വന്നു കഴിഞ്ഞു ഒരു മരത്തിൽ ഒരു കുരങ്ങിനെ ഇരിക്കണം അപ്പൊ ഈ വെള്ളം കൊരങ്ങിന്റെ ഇടുപ്പിലൊരു കുട്ടിയുണ്ട് പെൺകുരങ്ങാണ് അതിന്റെ ഇടുപ്പിൽ ഒരു കുട്ടിയുണ്ട് അതിന്റെ കുട്ടിയുണ്ട് വെള്ളം കയറി കയറി വരുംതോറും ഈ കൊരങ്ങ് തള്ളക്കുരങ്ങ് കുട്ടിയും കൊണ്ട് മേൽമേൽമേൽ കൊമ്പിലേക്ക് പോകണം വെള്ളം മേലെത്തിയപ്പോ അവസാനം ഈ കുറങ്ങെന്ത് വെച്ചാൽ കുട്ടിയെ ചുവട്ടിലിരുത്തി അതിന്റെ മണ്ടയിൽ കയറിയിരുന്നു അത്ര അപ്പൊ സ്വാമികൾ പറയുന്നു ഇതാണ് പല മനുഷ്യരും അവസാനമാവുമ്പോ കുട്ടിയെ ചോട്ടിൽ വെച്ച് മണ്ടയിൽ കയറിയിരിക്കും അതുവരെ അവനവന്റെ കുട്ടിയോടുള്ള ആസക്തിയുണ്ട അവസാനം താൻ തന്നിലേക്ക് വരുമ്പോ കുട്ടിയുടെ മണ്ടയിൽ കയറിയിരിക്കാനും എടുക്കില്ല അപ്പൊ സ്വാർത്ഥതയാണ് എത്ര കാലം ഇതിങ്ങളുടെ ജീവിതത്തിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ശരിയായ സ്വാർത്ഥതയല്ല ശരീരത്തിലുള്ള സ്വാർത്ഥം ശരിയായ സ്വാർത്ഥത എന്താണ് ശാന്തി വേണം എന്നുള്ള ആശ ശാന്തി വേണമെന്ന് വന്നാൽ നമുക്ക് കാണാം ശാന്തി വേണമെങ്കിൽ മറ്റുള്ളവരോട് വെറുപ്പ് വിടണം അപ്പൊ നമ്മൾ വിടും അത് ശരിയായ സ്വാർത്ഥത അതുണ്ടെങ്കി രക്ഷപ്പെടും മറ്റുള്ളവരെ വെറുക്കില്ല ആസക്തിയും വെക്കില്ല ആരെയും ദ്രോഹിക്കില്ല നിർബന്ധം പിടിക്കില്ല നമുക്ക് തന്നെ കാണാം ശാന്തി വേണം എന്നാശിച്ചാ മതി പിന്നെ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് കാണാം നിർബന്ധം പിടിക്കണത് ശാന്തി ഉണ്ടാവണില്ല ഇന്നത് കിട്ടിയേ തീരുവെന്ന് ആശിക്കണത് ശാന്തി ഉണ്ടാവണില്ല എന്തെങ്കിലും വസ്തുക്കളോടോ വ്യക്തികളോടോ സൂക്ഷ്മമായ അറ്റാച്ച്മെന്റ് ഉള്ളപ്പോ ശാന്തി പോണു അതേപോലെ എന്തിനോടെങ്കിലും വെറുപ്പ് തോന്നുമ്പോ ശാന്തി പോണു എന്തിനു പറയണു പ്രസിദ്ധിക്കോ പേരിനോ പുകയിനോ ആശിച്ചാൽ ശാന്തി പോവും അപ്പൊ അതിനും ആഗ്രഹം ഉണ്ടാവില്ല ഒക്കെ പോവും എല്ലാം പോവും ശാന്തി വേണം എന്നൊരു ശരിയായ സ്വാർത്ഥത ഉണ്ടെങ്കിൽ ആ സ്വാർത്ഥത നമ്മൾ രക്ഷിക്കും അതിനെ വെച്ചുകൊണ്ട് നമുക്ക് തന്നെ ഉള്ളിൽ നിന്ന് അശാന്തി ഉണ്ടാക്കുന്നതിനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കാം ഇതാണ് യോഗസാധനം നിങ്ങളിനിപ്പോ ജപമോ ധ്യാനമോ തലകുത്തി നിൽക്കലോ പ്രാണായാമമോ ഒന്നും നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഈ ഒരറ്റ ഒരു പ്രിൻസിപ്പിൾ മുമ്പിൽ വെച്ചാൽ മതി ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട പ്രത്യേകിച്ചിനി യോഗസാധന ഒന്നും അനുഷ്ഠിക്കേണ്ട ഒന്ന് സാധിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല സദാസമയം രാവും പകലും പണി ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിലും കുഴപ്പമില്ല ഈ ഒരു സ്വാർത്ഥത ഉള്ളിൽ വെച്ചാൽ മതി ശാന്തി വേണം പരിപൂർണമായ ശാന്തി വേണം അല്പകാലം ജീവിക്കുന്നുണ്ട് ജീവിതത്തിന്റെ പൂർണ്ണത ഹൃദയത്തിൽ ശാന്തിയാണ് ആ ശാന്തിയെ നഷ്ടപ്പെടുത്തുന്നതിനെ ഉള്ളുകൊണ്ടു വിടുക പുറമേക്കല്ല പുറമേക്കല്ല ഒന്നും ഉപേക്ഷിക്കാൻ ആർക്ക് സാധ്യല്ല ഉള്ളുകൊണ്ടു വിടാം ഉള്ളുകൊണ്ടു വിട്ടാൽ ശാന്തി ചിലതൊക്കെ ഇപ്പൊ മക്കളാവട്ടെ ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ എന്താവാട്ടെ നമ്മളെ ദുഃഖിപ്പിക്കണോ എക്കേട് ഇട്ടു പോട്ടെ എന്ന് പറയില്ലേ അതുപോലെ ഉള്ളുകൊണ്ട് അങ്ങോട്ട് വിടണം ൊണ്ട് അങ്ങട് വിട്ടിട്ടില്ലെങ്കിൽ അത്യന്തം ദുഃഖം അത്യന്തം ദുഃഖം നമുക്കും ദുഃഖം അവർക്കും ദുഃഖം കാരണം ഒരാളെയും നമുക്കിവിടെ മാറ്റിമറിച്ച് നമ്മളുടെ ഇഷ്ടത്തിന് കൊണ്ടുവരാൻ പറ്റില്ല ഓരോരുത്തരും അവരവരുടെ പ്രാരബ്ധത്തിനും വന്നിരിക്കുന്നത് നമുക്ക് തന്നെ ആലോചിച്ചാൽ നമ്മൾ നമ്മളുടെ അച്ഛനമ്മമാർക്കോ നമ്മളുടെ ബന്ധുക്കൾക്കോ വഴങ്ങിക്കൊടുത്തുവോ വഴങ്ങിക്കൊടുത്തു എന്നൊക്കെ അഭിമാനിക്കും സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഒന്നും വഴങ്ങിക്കൊടുക്കണില്ല നമ്മളുടെ വാസനയ്ക്കനുസരിച്ചാണ് പോണത് അല്പം വഴങ്ങിക്കൊടുത്ത പോലെയൊക്കെ അടങ്ങിയിരുന്നാൽ പോലും നമ്മളുടെ വാസനയ്ക്കനുസരിച്ചാണ് പിന്നെ എന്തിനും നമ്മൾ മറ്റുള്ളവർക്ക് പ്രതീക്ഷിക്കുന്നു അവരവർ അവരവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കട്ടെല്ലിക്കൊട് തല്ലിക്കൊട് എന്ന് പറയും തല്ലിക്കൊടുക്കുമെന്നും വേണ്ട ചൊല്ലിക്കൊടുത്തിട്ട് തള്ളിക്കളഞ്ഞാൽ സമാധാനം തല്ലിക്കൊടുക്കാനും നിർബന്ധം പിടിക്കാനും പോയാൽ അസമാധാനം ഇതറിഞ്ഞിട്ട് ശാന്തി വേണം എന്ന് ആശിച്ചുകൊണ്ട് അശാന്തി ഉണ്ടാക്കുന്നതിനെ സ്വയമേവ ഓരോരുത്തർക്കും ഓരോ വസ്തുവായിരിക്കും എല്ലാവർക്കും ഒന്നായിരിക്കില്ല പലർക്കും പലതായിരിക്കും അപ്പൊ അവരവർക്ക് അശാന്തി ഉണ്ടാവാൻ കാരണമായ വസ്തുക്കളെ ഉള്ളുകൊണ്ട് തള്ളിക്കൊണ്ടിരുന്നാൽ ശാന്തി വരും ഇതാണ് യോഗസാധന ഇതാണ് ജ്ഞാനയോഗം ഇതാണ് ഭക്തിയോഗം ഇതാണ് എല്ലാം അപ്പൊ ഭഗവാൻ ഇവിടെ പറഞ്ഞു മത്കർമ്മകൃത് കർമ്മമൊക്കെ എനിക്ക് വേണ്ടി അല്ലാതെ എന്തെങ്കിലും നേടാനല്ല കർമ്മം ചെയ്യുന്നത് വെച്ചാൽ ഭഗവത് സാക്ഷാത്കാരത്തിന് കർമ്മവാസനകൾ ഒഴിഞ്ഞു പോണം അതിനുവേണ്ടി കർമ്മം അല്ലാതെ കർമ്മം ചെയ്ത് എന്തെങ്കിലും നേടാനല്ല കർമ്മവാസന ഒഴിഞ്ഞു പോവാനായി കർമ്മം അപ്പൊ ഭഗവാനുവേണ്ടി കർമ്മം ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് കർമ്മം ചെയ്യണം മത് പരമ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ഈശ്വര അതായത് പരിപൂർണമായ ശാന്തി ഈശ്വര സാക്ഷാത്കാരം സംശയിക്കേണ്ട പൂർണ്ണമായ ശാന്തിയാണ് ഈശ്വര ഭാഗവതത്തിൽ ഭക്തിസാധനകളെയൊക്കെ വർണ്ണിച്ചിട്ട് അവസാനം പറയണു തതഃ പരാം ശാന്തിമുപൈത്തി സാക്ഷാത് പരമമായ ശാന്തിയാണ് കൃഷ്ണദർശനം പരമമായ ശാന്തിയാണ് നാരായണ ദർശനം പരമമായ ശാന്തിയാണ് ശിവദർശനം പരമമായ ശാന്തിയാണ് മുക്തി പരമമായ ശാന്തിയാണ് ധ്യാനം സമാധി ഒക്കെ അപ്പൊ ആ ശാന്തി വേണം എന്നാദ്യം അങ്ങട് ബുദ്ധി കൊണ്ട് ഉറപ്പിക്കുക അതാണ് മത് പരമ ശാന്തി ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ഉറപ്പിക്കലാണ് ഭഗവാൻ പരമമായ ലക്ഷ്യമാക്കൽ മത്ഭക്ത എന്ന് വെച്ചാലോ പ്രേമം വികാരം മുഴുവനും ഭഗവാനായിട്ട് എന്തൊക്കെ വികാരം വരുന്നുണോ അതിനെയൊക്കെ ഭഗവാന്റെ നേരെ തിരിച്ചുവിടാം ഇനിയിപ്പോൾ തിരിച്ചുവിടാൻ പറ്റാതെ വികാരം ആരുടെ അടുത്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആരുടെ അടുത്ത് വരുന്നുവോ അവരെ ഭഗവാനായിട്ട് കാണുക ഇതൊക്കെയാണ് ഈ യോഗസൂക്ഷ്മം മനസ്സിൽ എന്തൊക്കെ വികാരം വരണോ അതിനെയൊക്കെ ഭഗവാന്റെ നേരെ തിരിച്ചുവിടണം തിരിച്ചുവിടാൻ സാധ്യമല്ലെങ്കിൽ ആരുടെ അടുത്ത് വികാരം വരണോ അവരിൽ ഭഗവാനെ ആരോപിച്ച് ഉള്ളുകൊണ്ട് പൂജിക്കണം അപ്പൊ ക്രമേണ നമുക്ക് ആ വികാരം തന്നെ ഭക്തിയായിട്ട് മാറും ഭക്തിയില്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല ഭക്തിയില്ലാതെ രക്ഷയ്ക്ക് മാർഗമേയില്ല ഭക്തി എന്ന് വെച്ചാൽ സർവഭൂതങ്ങളിലും ക്രമേണ ഹരിയെ കണ്ട് ഹരി സർവേഷു ഭൂതേഷു ഭഗവാനാസ്ത ഈശ്വര ഹരി സർവഭൂതങ്ങളിലും ഈശ്വരനായി ഹൃദയത്തിലിരിക്കുന്നു എന്ന് കണ്ട് ഭൂതങ്ങളെ മാനിച്ചു തുടങ്ങിയാൽ ശാന്തി എവിടെയും തെരഞ്ഞു കൊണ്ട വരും മത്കർമ്മകൃത് മത്പരമഹ മത്ഭക്തഹാം സംഘവർജിത ഇത്രയുമായാൽ ക്രമേണ സംഘം അറ്റാച്ച്മെന്റ് വിട്ടുപോകും പഴുത്ത പഴം മരത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കില്ല വീഴട്ടെ എന്ന് വീഴും അതുപോലെ ഉള്ളില് ഈ ജ്ഞാനം ദൃഢമായി വരും തോറും മനസ്സ് എന്ന് പറയണ വാസനാമയമായ ശരീരം ദ്രവിച്ച് ദ്രവിച്ചു പോവും നമ്മളിപ്പോ മനസ്സ് എന്ന് എന്തിനെ വിളിക്കണമോ ആ വാസനാ ശരീരം പതുക്കെ ഇല്ലാതായിട്ട് തീരും പിന്നെ മനസ്സ് ഉണ്ടാവും എങ്ങനെയാ ഉണ്ടാവും എന്ന് വെച്ചാൽ ആ കണ്ട ഇന്ന അറിയാം ഉപയോഗിക്കാം അല്ലാതെ വികാരങ്ങളുടെ ഒരു തള്ളിച്ചയോ വികാരങ്ങളുടെ ഒഴുക്കോ നമ്മളെ ബുദ്ധിമുട്ടിക്കലോ ദുഃഖിപ്പിക്കലോ ഒന്നും ഉണ്ടാവില്ല സംഘവർജിത നിർവൈര സർവഭൂതേഷു ഇതാണ് ഏറ്റവും വലിയ ലക്ഷണം ഭക്തന്റെ ആരോടും വൈരമില്ല എന്നത് ഭാഗവതത്തിലെ ഒരു അത്ഭുതമായ ഒരു ശ്ലോകം ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ പറയണത് ഉദ്ധവരോട് ഉദ്ധവാ മുനിം ശാന്തം നിർവൈരം സമദർശിനം അനുവ്രജാമി അഹം നിത്യം പൂയേയേത്യഘ്രിരേണു ഉദ്ധവാ ഒരു വസ്തുവിനെയും ആഗ്രഹിക്കാതെ ആശ പൂർണ്ണമായി പോയി തിരുമൂലർ പറയണ പോലെ ആശയെ അറിമിൻ ആശയ അറിമിൻ ഈശനോടാകിലും ആശയൈ അറിമിൻ ആശൈ പടപ്പടത്തുൻബം താനേ ആശൈ വിടവിട ഇൻബം താനേ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചൊല്ലാണ് തമിഴിൽ ആശ മുഴുവൻ പോയി എന്നാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ആശയും പോയി എന്താണെന്ന് വെച്ചാൽ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ആശയെ വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ആശയമൊക്കെ എടുത്തു കളഞ്ഞത് ക്രമേണ ആ ആശയം ഉള്ളു പോയപ്പോ അവിടെ എന്തുണ്ടോ അത് ഈശ്വരനാണ് ഈശ്വര ആശയും പോയപ്പോ അവിടെ എന്തുണ്ടോ അത് ഈശ്വരനാണ് അപ്പോ നിരപേക്ഷം ഒന്നും മുനിം സദാ ബ്രഹ്മധ്യാനം മുനിം ശാന്തം ശാന്തിയെ സ്വരൂപം എപ്പോഴും ശാന്തിയുടെ രസമൂറി നിൽക്കണുള്ളിൽ നിർവൈരം ആരോടും വെറുപ്പില്ല ദ്വേഷമേ ഇല്ല നിർവൈരം സമദർശിനം സർവഭൂതങ്ങളിലും ആത്മാവിനെ കാണുന്നു അങ്ങനെ ഒരാളുണ്ടെങ്കിൽ കൃഷ്ണൻ എന്താ പറയണതെന്ന് വെച്ചാൽ ഉദ്ധവാ ഞാൻ അയാളുടെ പുറകെ നടക്കുന്നു ഇന്ദിരാ ഭഗവാനെ നിങ്ങൾ അയാളുടെ പുറകെ ഞാൻ ഈ ലോകത്തിൽ പ്രവർത്തിച്ച അല്പസ്വല്പം എന്റെ മനസ്സിന് ചില അശുദ്ധി വലുതുമുണ്ടെങ്കിൽ ആ പാദം സ്പർശമേറ്റ പൂഴിമണ്ണുകൊണ്ട് ആ രജസ്സുകൊണ്ട് എന്നെ ശുദ്ധമാക്കാനായിട്ട് അങ്ങനെയുള്ള ഭാഗവതോത്തമന്റെ ജ്ഞാനിയുടെ പുറകെ ഞാൻ നടക്കും ഇതിനു മേലെ ഭഗവാൻ ഇനി എന്ത് പറയാൻ കഴിയും യോഗക്ഷേമം വഹാമ്യഹം ഒന്നുമല്ല ഭഗവാൻ പറഞ്ഞത് ബ്രഹ്മനിഷ്ഠനായൊരു ജ്ഞാനി ഉണ്ടെങ്കിൽ അയാളുടെ പുറകെ ഞാൻ നടക്കും അയാളുടെ കാല് സ്പർശമേറ്റ ആ മണ്ണുകൊണ്ട് എന്നെ ശുദ്ധമാക്കാനായിട്ടാണ് ഇതിൽ കൂടുതൽ ഇനി എന്തു പറയണം ഭഗവാന് അപ്പോ നിർവൈര ഒരാളോടും വൈരമില്ല ഒരാളോടും വെറുപ്പില്ല അതാണ് അജാതശത്രു എന്ന് യുധിഷ്ഠിരന് പേരാണ് യുധിഷ്ഠിരന് ആരെയും ശത്രുവായി വിചാരിക്കാനേ പറ്റില്ല എന്ന് മറ്റുള്ളവർ ഒരുപക്ഷെ അദ്ദേഹത്തിനെ ശത്രു എന്നൊക്കെ വിചാരിച്ചാലും അദ്ദേഹത്തിന് ആരോടും ശത്രുത വയ്ക്കാൻ സാധ്യമല്ല അജാതശത്രുവാണ് അദ്ദേഹം നിർവൈരഹ നിർവൈരം സമദർശിനം സർവഭൂതേഷു നിർവൈരഹ അങ്ങനെ ആരുണ്ടോ ഈ ലക്ഷണങ്ങളൊക്കെ ആരിലുണ്ടോ സമാമേതി പാണ്ഡവ ഹേ അർജുന ഇനി എന്ത് പേടിക്കാനുണ്ട് ഈ ലക്ഷണമൊക്കെ തന്നിൽ തികഞ്ഞിട്ടുണ്ടോ താൻ എന്റെയാണ് ഞാൻ തന്റെയാണ് താൻ എന്നിലുണ്ട് ഞാൻ തന്നിലുണ്ട് ഞാൻ തന്നെ താൻ താൻ തന്നെ ഞാൻ വേറെയില്ല ഇവിടെ ദ്വൈതമേ ഇല്ല ഭക്തൻ വേറെ ഭഗവാൻ വേറെ എന്നുള്ള ഭേദമൊക്കെ പോയി ഭഗവാൻ മാത്രം നിറഞ്ഞു അപ്പോ ീ ഒരു അനുഭവം എത്ര ഉയർന്നതാണെങ്കിലും ഇതിനുള്ള മാർഗം വളരെ ലളിതമാണ് നമുക്കിപ്പോ ആത്മവിചാരം ഒന്ന് ശീലിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാനാര് എന്നുള്ള വിചാരത്തിനെ കുറിച്ച് പറഞ്ഞു അതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും വേണ്ടില്ല നമ്മള് നാമം ജപിക്കുക നിരന്തര നാമജപം അനാവശ്യമായി മനസ്സ് പല വിചാരങ്ങളിലേക്ക് ഓടുന്നതിന് പകരം ജപം ശീലിക്കാം ജപം കൊണ്ട് തന്നെ ഭഗവാനെ പിടിക്കാൻ കഴിയും ജപം നാമമാവുന്ന വല കെട്ടി ഭഗവാനെ പിടിക്കാം ആ വല കെട്ടാൻ അറിഞ്ഞാൽ മതി അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും അത് ഇതൊക്കെ ജപിച്ചുകൊണ്ടേയിരിക്കാം സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ജപിച്ചുകൊണ്ടിരിക്കാം എന്തെങ്കിലും ഒരു നാമം ഇഷ്ടമുള്ള നാമം എന്താന്ന് വെച്ചാൽ ജപിച്ചോളാം ഒരു പുസ്തകത്തിലെ എഴുതുക പറയുന്ന നാമം ഒരു പുസ്തകത്തിലെ ലിഖിത ജപം എഴുതുക ഇങ്ങനെയൊക്കെ പരിശീലിക്കാം ജപത്തോടൊപ്പം നമ്മൾ വേറെ ഒരു കാര്യം കൂടെ നോക്കുക ഭഗവാനെ സർവത്ര ഭഗവാൻ നിൽക്കണു ഭഗവാൻ അമ്പലത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് എല്ലാവരിലും ഉണ്ട് അപ്പൊ ആരെയും നമുക്ക് വെറുക്കാൻ പറ്റില്ല ആരോട് ശണ്ട കൂടാൻ പറ്റില്ല ആരെയും ദ്വേഷിക്കാൻ പറ്റില്ല ഒരാളെയും ചുവട്ടിലാണ് പറഞ്ഞ് വർത്തമാനം പറയാനോ താഴ്ത്തിക്കെട്ടാനോ പറ്റില്ല ഇതൊക്കെയാണ് ജപത്തിന്റെ പ്രയോജനമേ അല്ലാതെ ജപം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇതൊക്കെ ഉള്ളിൽ വളരുന്നുണ്ടെങ്കിൽ നമ്മളുടെ ജപം സൂക്ഷി കുഴപ്പമുണ്ടാക്കണം ജപത്തോടൊപ്പം ഈ രാഗദ്വേഷം ഉള്ളുന്നു പോണം ശാന്തിയുണ്ടാവും സമാധാനമുണ്ടാവും ജീവിതമേ സുഖമായിട്ട് തീരും കൃഷ്ണൻ കൂടെ നടക്കും കൃഷ്ണനെ നമ്മൾ തരെയൊന്നും വേണ്ട കൃഷ്ണൻ കൂടെ നടക്കും പാണ്ഡവരുടെ കൂടെ കൃഷ്ണൻ നടക്കാൻ കാരണം യുധിഷ്ഠിരനിൽ ഈ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് യുധിഷ്ഠിരനിൽ ഈ സർവലക്ഷണങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് കൃഷ്ണൻ അവരുടെ കൂടെ നടത്തും അതുപോലെ ഈ ലക്ഷണങ്ങൾ ആരിലുണ്ടോ അവരുടെ കൂടെ ഭഗവാൻ നടക്കും ഇതാണ് ഭഗവാൻ ചെയ്തിരിക്കുന്ന സത്യവ്രതം സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യോനിം നിഹിതം ചത്യേ സത്യ സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന ഭാഗവതത്തില് പത്താമത്തെ സ്കന്ധത്തില് കൃഷ്ണൻ ജനിക്കുന്നതിനു മുമ്പ് ഗർഭത്തില് ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോ ബ്രഹ്മാവ് വന്ന് കൃഷ്ണനെ സ്തുതിക്കണതിങ്ങനെയാണ് സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യൂനിം നിഹിതം ചത്യേ സത്യസ്യ സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന ഭഗവാൻ പേര് തന്നെ സത്യം ഭാഗവതാരംഭിക്കുമ്പഴും സത്യം പരം ധീമി ഭാഗവതവസാനിക്കുമ്പഴും സത്യം പരം ധീമി കസ്മൈേന വിഭാസിതോയോ ജ്ഞാന പ്രദീപുരാ തദ്രൂപേണുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രാ താത്മനാഥാ കാരുണ്യ തക്ഷുദ്ധം വിമലം വിശോകം അമൃതം സത്യം പരം ധീമി അപ്പൊ സത്യം പരം ധീമഹി എന്നുള്ള രണ്ടു വാക്കുകൾക്ക് നടുവിലുള്ള കഥകളാണ് ഭാഗവതം മുഴുവൻ സത്യത്തിനെ ധ്യാനിക്കല നാളെ മുതൽ പാലക്കാട് നെല്ലിശ്ശേരി ഗ്രാമത്തിൽ ഭാഗവത സപ്താഹം നാളെ വൈകുന്നേരം നാലുമണിയോടെ അവിടെ ഭാഗവത മാഹാത്മ്യം മറ്റന്നാളെ രാവിലെ മുതൽ രാവിലെ ആറര മണിക്ക് തുടങ്ങും ആറു മണിക്ക് തുടങ്ങും ഭാഗവത സപ്താഹം വൈകുന്നേരം ആറു മണിവരെ പ്രഭാഷണത്തിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ ഒമ്പത് മണിവരെ പ്രഭാഷണം അതുപോലെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ടര വരെ പ്രഭാഷണം വൈകുന്നേരം നാലര മുതൽ ആറുമണിവരെ പ്രഭാഷണം ഇതിന്റെ നടുവിലൊക്കെ പാരായണം ഭാഗവതം വായിക്കലോ ഉണ്ടാവും നെല്ലിശ്ശേരി ഗ്രാമത്തിൽ വടക്കൻ തറ ചുണ്ണാമ്പത്തറ സ്റ്റോപ്പിലിറങ്ങിയാൽ വടക്കൻതറ ഗ്രാമം കഴിഞ്ഞാൽ അടുത്തത് നെല്ലിശ്ശേരി ഗ്രാമം അവിടെ പുറത്തുതന്നെ ഗ്രാമത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ റോഡ് സൈഡിലായിട്ട് തന്നെ ഒരു വലിയ മണ്ഡപമുണ്ട് ആ മണ്ഡപത്തിലെ ഹാളിൽ വെച്ചിട്ടാണ് സപ്താഹം നടക്കുന്നത് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഗീതാജ്ഞാന യജ്ഞം ഇവിടെ മംഗളമായിട്ട് പൂർത്തിയാവുന്നു ഇനി ഭഗവാൻ എപ്പോഴാണോ നിശ്ചയിച്ചിട്ടുള്ളത് അവ കാണാം അടുത്ത് പന്ത്രണ്ടാമത്തെ അധ്യായം ഫാലാവനമൃത്കിരീടം ഫാളനേത്രാർച്ചിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരാതികൂടം ശുദ്ധവക്രേന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദ ഇത്രയും ആളുകളുണ്ടായിരുന്നത് ശബ്ദം കേൾക്കണില്ല അംഗേ വിരാജദ് ഭുജംഗം അഭ്രഗംഗാതരംഗാഭരാമോത്തംഗം ഓടീകുരംഗം സിദ്ധസംസേവിതം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവദ ശംഭോ ശംഭോ മഹാദേവദേവ നിിദാനന്ദോതാശേഷോകേശ വൈരി പ്രതാ കാ കത്തസ്വരാഗീന്ദ്രാപം കൃത്യവാസം ഭജേ ദിവസന്മാർ ബിന്ദു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദ കപ്പദർപ്പനീശം കാളകന് മഹേശം മഹാവ്യോമകേശം കുന്ദന്തം സുരേഷൂര്യപ്രകാശം ഭജേമാർഗന്ധു ശംഭോ മഹാദേവാ ശിവ ശംഭോ ശംഭോ ശംഭോ മഹാദേവേവാ ൂതേരുദാരം മന്ദാഗേന്ദ്രസാര മഹാഗൌര്യൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവേ സുഖിന് സു േ സന്തു നിരാമയാേ ഭദ്രാൾ പശ്യു മാ കിഖഭ് ഭവേന വാച മനസേന്ദ്രിവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവ കോയി യലം പരസ്മൈ നാരായ സമർപ്പമ पार्वती, പാർവതീപതേ